വേദാവിനാശിനം നിത്യം യയേനം അജമവ്യയം കഥം സ പുരുഷ പാർത്ഥ കംഘാതം ഭഗവാൻ നമ്മള് ഭഗവാന്റെ ചോദ്യമാണ് അർജുനനോട് ആത്മാവിന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തിയവൻ ആരെ കൊല്ലുന്നു ആരെ കൊല്ലിക്കുന്നു എന്നുവച്ചാൽ അവന് കർത്തൃത്വവും ഇല്ല ഭോക്തൃത്വവും ഇല്ല തന്നെ യഥാർത്ഥ താൻ ആരെന്ന് കണ്ടെത്തിയാൽ കർത്തൃത്വം ഭോക്തൃത്വം രാഗം ദ്വേഷം ഇത് നാലും മുഖ്യമായിട്ട് അയാളെ വിട്ടകലും ഈ നാലെണ്ണവും ഉദിക്കുമ്പോഴാണ് സകല ദുഃഖങ്ങളും ഉണ്ടാവണം ശോകത്തിനു മൂലം ദുഃഖത്തിന്റെ മൂല കാരണം കർത്തൃത്വം ഭോക്തൃത്വം രാഗം ദ്വേഷം ഈ നാലിനും കാരണം എന്താ ഈ നാലിനും കാരണം അഹങ്കാരം അഹങ്കാരത്തിൽ നിന്ന് ഞാൻ ചെയ്യണു ഞാൻ അനുഭവിക്കണു എന്നുള്ള ഈ രണ്ടു ഭാവങ്ങൾ ഉദിക്കണു അതിന്റെ എക്സ്റ്റെൻഷനാണ് പുറം ലോകത്തില് രാഗവും ദ്വേഷവും വെറുപ്പും ആസക്തിയും അറ്റാച്ച്മെന്റ് അവേർഷൻ ഇത് ആത്മസാക്ഷാത്കാര അഥവാ ആത്മതത്വം അറിയുന്നതോടുകൂടി തന്നെ വിട്ടുപോകും ആത്മതത്വം ഇപ്പൊ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും സാക്ഷാത്കാരം എന്നുള്ളത് അവിടെ ഇരിക്കട്ടെ അത് മനുഷ്യാണാം സഹസ്രേഷു ഭഗവാൻ തന്നെ പറ അപൂർവം ചിലർക്ക് സൂര്യൻ ഉദിക്കുന്ന പോലെ ആയിരം ആതിഥേയർ ഉദിക്കുന്ന പോലെ തത്വം ഉദിക്കും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലെങ്കിലും ചിത്തശുദ്ധിക്കായിക്കൊണ്ട് ഭഗവാൻ തന്നെ പറയുന്നു യോഗിനെ കർമ്മകുർവന്തി കർമ്മം ചെയ്യുന്നു എന്തിനാ ചിത്തശുദ്ധിക്ക് ചിത്തശുദ്ധി നമ്മളുടെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് എന്ന് നിശ്ചയിച്ചു നിശ്ചയിച്ചിട്ട് ജീവിതത്തിനെ തന്നെ ഒരു യജ്ഞമാക്കി തീർക്കുന്നു ജീവിതം മുഴുവനും ഒരു യജ്ഞം ജീവിതം യജ്ഞമാകണമെങ്കിൽ ഈ ലക്ഷ്യം ഉണ്ടെങ്കിലേ പറ്റൂ അല്ലെങ്കിൽ യജ്ഞമാവില്ല നമ്മൾ എന്തൊക്കെ തന്നെ ചെയ്താലും ഈ ലക്ഷ്യം അറിഞ്ഞിട്ടില്ലെങ്കിൽ ജീവിതം യജ്ഞമാവില്ല നമുക്ക് കാശിയിലേക്കാണ് പോകേണ്ടത് നിശ്ചയിച്ചാൽ എങ്ങനെയെങ്കിലും വഴി അറിയില്ലെങ്കിലും വീട്ടിൽ നിന്ന് ഇറങ്ങി തുടങ്ങിയാൽ എങ്ങനെയെങ്കിലും വഴി ചോദിച്ച് കാശിയിൽ പോവാം ഇപ്പൊ ഒരാൾക്ക് എവിടെയാ പോകേണ്ടത് നിശ്ചയമൊന്നുമില്ല അയാൾക്കൊരു ഏറോപ്ലെയിൻ കയ്യിൽ കൊടുത്താലും അയാൾ സകലടത്തും ചുറ്റി ചുറ്റി ചുറ്റി ലക്ഷ്യമില്ലാതെ അലഞ്ഞുകൊണ്ടിരിക്കും അപ്പോ കർമ്മകാണ്ടത്തിനും സാധനാനുഷ്ഠാനങ്ങൾക്കും ശാസ്ത്രപഠനത്തിനും ധ്യാനത്തിനും ഒക്കെ മുഖ്യമായിട്ടുള്ള കാര്യം ലക്ഷ്യബോധമാണ് ലക്ഷ്യം എന്താണ് ഈശ്വര സാക്ഷാത്കാരം അതാണ് ഭാഗവതം ആരംഭിക്കുമ്പോഴേ സൂതൻ പറഞ്ഞു ജീവസ് തത്വജിജ്ഞാസ അർത്ഥോ യശ്ചേഹ കർമ്മിഹി ജീവൻ ഈ തത്വജിജ്ഞാസ ഉണ്ടാകണം അല്ലാതെ കർമ്മങ്ങൾ കൊണ്ടൊന്നും പ്രയോജനമില്ല കർമ്മത്തിന്റെ ഒക്കെ സകലത്തിന്റെയും ലക്ഷ്യം തത്വജിജ്ഞാസയാണ് ചിത്തശുദ്ധി ഉണ്ടായി ചിത്തശുദ്ധി ഉണ്ടായിന്നുള്ളതിന് എന്താ ലക്ഷണം ചിത്തശുദ്ധി ഉണ്ടായതിന്റെ ലക്ഷ്യം ഈ ജീവൻ തന്നെ താൻ ചോദിച്ചു തുടങ്ങും എന്റെ ജീവിതത്തിന് എന്താ ഞാൻ എന്തിന് ജീവിക്കണോ എന്താ പ്രയോജനം ചോദിക്കും അതാണ് അല്ലെങ്കിൽ യാഗയജ്ഞങ്ങൾ പോലും വഴിപഴച്ചു പോകും കഠോപനിഷത്ത് എങ്ങനെയാണോ ആരംഭിക്കണത് കടോപനിഷത്തില് ഗൗതമൻ അദ്ദേഹത്തിന് നല്ല പേരും പ്രസിദ്ധിയും ഒക്കെ ഉണ്ട് നാട്ടില് അദ്ദേഹത്തിന് കിട്ടിയ പേരെന്താന്ന് വെച്ചാൽ ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നൊരു പ്രസിദ്ധി തന്നെ അദ്ദേഹത്തിനുണ്ട് വാചശ്രവസ എന്ന് അദ്ദേഹത്തിന് പേരുണ്ട് വാചം എന്ന് വെച്ചാൽ അന്നം ധാരാളം കൊടുക്കണമെന്നർത്ഥം അങ്ങനെ പേരും പ്രസിദ്ധിയും ഒക്കെ കിട്ടിയ ആ ഗൗതമൻ യാഗം ചെയ്യണോ ആ യാഗത്തിന്റെ ഉദ്ദേശമോ സർവസ്വദാനം തനിക്കുള്ളതൊക്കെ കൊടുക്കണം എന്നാണ് വെപ്പം അപ്പോ യാഗം ചെയ്യുമ്പോ പശുവിനെ ദാനം ചെയ്യണമെന്നാണ് ചിലപ്പോ വെപ്പം ശ്രാദ്ധത്തിന് എന്ത് ചെയ്യുന്ന ഒരു നാളികേരവും മൂന്നേ കാലം ഉറുപ്പയും ഇതം ഗോനി ഗോപ്രതിനിധി ഇതം നാരികേളം ഗോപ്രതിനിധിയായിട്ട് തേങ്ങ കൊടുക്കും അതുപോലെ ഇയാൾ യാഗം ചെയ്യുമ്പോ പശുവിനെ ദാനം ചെയ്യണം എന്താ കൊടുക്കണതെന്ന് വെച്ചാൽ പീതോദകാ ദഗ്ധണ ദുഗ്ധദോഹ നിരീന്ദ്രിയ കൊടുക്കണ പശു എങ്ങനെയുണ്ടെന്ന് വെച്ചാൽ ഇനി അത് വെള്ളം കുടിക്കുക ഇല്ലാത്ര എന്താന്ന് വെച്ചാൽ കുടിക്കേണ്ട വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞു ഇനി കുടിക്കാം വെള്ളം കുടിക്കാനുള്ള ശക്തി പോലും ഇല്ല അതിന് ജഗ്ധത്രിണ പുല്ലൊക്കെ തിന്നു കഴിഞ്ഞു അത്ര വായില് പല്ലൊന്നും ഇല്ല ഇനി പുല്ല് തിന്നാൻ പറ്റില്ല ദുഗ്ധോഹാഹ പാലും കറക്കില്ല നിരീന്ദ്രിയാഹ പ്രസവിക്കൂല അങ്ങനെയുള്ള പശുവിനെ ദാനം ചെയ്യണമെന്നാണ് എന്തിനാപ്പൊ ഈ യാഗം ചെയ്യണതെന്ന് വെച്ചാൽ ഉത്തമ ലോകപ്രാപ്തിക്കും ആരോ ഒരാൾ ഭദ്രകാളിക്ക് എന്തോ സൂക്കേട് പിടിച്ചു കിടന്നപ്പോ നേർച്ച നേർന്നു സുഖക്കേട് മാറുകയാണെങ്കിൽ കാളിക്ക് ഞാൻ എന്റെ ഉള്ള ഒരേ ഒരാ പശുവിനെ അല്ല ആ പശുവിനെ ദാനം ചെയ്യാം താളിക്ക് കൊടുക്കാം എന്ന് നേർച്ച നേർന്നു നേർന്നിട്ടപ്പോ അടുത്ത ദിവസം രാവിലെ എണീക്കുമ്പോ സുഖക്കേട് പോയിരിക്കണം അപ്പോഴാണ് ഓർത്തത് ഉത്തരകണ്ഡ് ആലോചിക്കാതെ നേർച്ച നേർന്നു പോയല്ലോ ഇനിയിപ്പോ പശുവിനെ കൊടുക്കണമല്ലോ എങ്ങനെ കൊടുക്കും കുറെ ആലോചിച്ചു ഒരു ടെക്നിക്ക് കണ്ടുപിടിച്ചു അത്രേ ക്ലവർ ബ്രെയിൻ നമ്മളിങ്ങനെ ടെക്നിക്കൊക്കെ ആവിഷ്കരിക്കും മതത്തിൽ മുഴുവൻ നമ്മളുടെ മതം മുഴുവൻ ഇപ്പൊ ടെക്നിക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക എന്താ കണ്ടുപിടിച്ചു വെച്ചാൽ പശുവിനെയും വീട്ടിലൊരു പൂച്ചക്കുട്ടിയും കൊണ്ട് ചന്തക്ക് പോയി ചന്ത അയാള് പറഞ്ഞു ഇതാ ഒരു ഉറുപ്പയ്ക്ക് പശു ഒരു ഉറുപ്പയ്ക്ക് പശു ആർക്കാ വേണ്ടതെന്ന് വെച്ചു ആളുകളൊക്കെ കൂടി ഒരുപാട് ആളുകൾ കൂടി അപ്പൊ പറഞ്ഞു പശുവിനെ വാങ്ങുമ്പോ ഈ പൂച്ചക്കുട്ടിയും ചേർത്തി വാങ്ങണം പൂച്ചക്കുട്ടിക്ക് എന്താ വില ധാരാളം പേര് പൂച്ചക്കുട്ടിയല്ല കുഴപ്പമില്ലാന്ന് പറഞ്ഞു തോന്നുന്നു പൂച്ചക്കുട്ടിക്ക് ഏഴായിരം റുപ്യൂ പശുവിന് ഒരു റുപ്യ ഈ പശുവിന്റെ പണമാണ് കാളിക്ക് കൊടുക്കാന്ന് പറഞ്ഞിരിക്കണത് പശുവിന്റെ വില അപ്പോ പൂച്ചക്കുട്ടിക്ക് ഏഴായിരം റുപ്യ പശുവിന് എന്നാലും പശു നല്ല പശുവാണ് ഒരാൾ പശുവിനെ വേണമെന്നുള്ള ആൾ അവസാനം ഏഴായിരം റുപ്യ കൊടുത്ത് പൂച്ചക്കുട്ടിയെ വാങ്ങിച്ച് ഒരു റുപ്യ കൊടുത്ത് പശുവിനെയും വാങ്ങിച്ച് ആ ഒരു റുപ്യ കൊണ്ടുപോയി കാളിയുടെ അടുത്ത് പോയി അമ്മയേത് പശുവിനെ വിറ്റ് കിട്ടിയ കാശ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എന്ത് എന്തു ബുദ്ധി അല്ലേ ഇങ്ങനെ ഭഗവാനെ പറ്റിക്കാം സ്വാമി രാമതീർത്തൻ അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ ഒരു വചനമാണ് ട്രൈ ടു പുട്ട് ഡസ്റ്റ് ഓൺ ഗോഡ്സ് ഐസ് യു യു എസ് എൽഫ് വിൽ ബി ബ്ലൈൻഡ് നമ്മള് ആർക്ക് വേണ്ടിയാ ചെയ്യണത് മറ്റുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെ പ്രകൃതിക്ക് മുഴുവൻ കണ്ണായിട്ടിരിക്കുന്ന ആ ധർമ്മചക്ഷുസ്സിന്റെ കണ്ണില് പൊടിയിട്ടാൽ നമ്മളുടെ കണ്ണ് തന്നെ അന്ധമാവും നമ്മളുടെ ഉള്ളിലുള്ള സത്യം തന്നെയാണ് ആ സർവേശ്വരനെ അപ്പൊ നമുക്ക് വേറെ ആരെയും പറ്റിക്കാൻ പറ്റില്ല നമ്മളെ തന്നെയാണോ പറ്റിക്കണം അപ്പൊ ഈ വാചശ്രവസ് യാഗം നടത്തി എല്ലാം കൊടുക്കണോ കൊടുക്കണോന്ന് പ്രസിദ്ധി കൊടുക്കണമൊക്കെ ഇങ്ങനെയാണ് ആ യാഗത്തിന്റെ വൈശിഷ്ട്യമോ സർവസ്വദാനം എല്ലാം കൊടുക്കണം എന്നാണ് അത്ര വെപ്പ് പക്ഷെ എല്ലാം കൊടുക്കുന്നത് ഇങ്ങനെയാണ് അപ്പോ അതിലൊരു വാക്കുണ്ട് ആ യാഗത്തിൽ ഓരോരുത്തർക്കും ഓരോ ജോലി ഈ വാചശ്രവസിന് ഒരു മകൻ നചികേതസ് എന്ന് പേര് കുമാരം സന്തം എന്ന് പറയുന്നു ഉപനിഷ കുമാരനാണ് എന്നുവെച്ചാൽ യൗവനമായിട്ടില്ലാന്ന് അർത്ഥം തംഹ കുമാരം സന്തം ദക്ഷിണാസുനീയമാനാസു ശ്രദ്ധാവിവേഷ ദക്ഷിണ കൊടുക്കാനായിട്ടാണ് നചികേതസ്സിനെ ഏൽപ്പിച്ചിരിക്കുന്നത് പുരോഹിതന്മാർക്ക് ദക്ഷിണയും കൊണ്ടുപോകുമ്പോൾ നച്ചേതസ് അച്ഛന്റെ യാഗം നടത്തുന്ന ചന്തമൊക്കെ കണ്ടു യാഗത്തിനെക്കുറിച്ച് നല്ല അറിവുള്ള ആ നച്ചേതസ്സിന്റെ ഉള്ളിൽ പെട്ടെന്ന് അപാരമായ ഒരു ഭാവം ഉള്ളിൽ ഉദിച്ചു ശ്രദ്ധ ഉദിച്ചു എന്നാണ് ആ കുട്ടിയുടെ ഉള്ളിൽ ശ്രദ്ധ ആവേശിച്ചു ശ്രദ്ധ എന്നുള്ള വാക്ക് അത്ഭുതം അവിടെ ആചാര്യസ്വാമികൾ ആസ്തിക്യബുദ്ധി ആവിവേശ എന്നാണ് പറയുന്നത് യഥാർത്ഥ ആസ്തിക്യബുദ്ധി ഈ കുഞ്ഞെ അച്ഛന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു അച്ഛ എന്നെ ആർക്ക് ആ ദാനം കൊടുക്കാൻ പോണത്തോട് ചോദിച്ചു ഈ യാഗത്തിന്റെ ഫലം നമ്മൾ പറഞ്ഞു വന്ന ഒരു വിഷയം കർമ്മമൊക്കെ അതിൽ ലക്ഷ്യബോധം ഇല്ലാത്തത് കൊണ്ട് പേരിനും പുകഴിനും വേണ്ടി ആവുമ്പോ ഈ വാച ഈ ഗൗതമൻ ചെയ്ത യാഗം പോലെ ആയിപ്പോ ചാവാലി പശുക്കളിയും സർവസ്വം കൊടുക്കണം എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചിട്ടുണ്ടാവൂ തന്റെ സർവസ്വം ഒക്കെ പേരിൽ വെച്ചിട്ടോ വേറെ ആരുടെങ്കിലും പേരിൽ വെച്ച് തനിക്ക് കുറച്ചേ ഉള്ളൂന്ന് വെച്ചു കഴിഞ്ഞാ പിന്നെ സർവസ്വം കൊടുക്കാൻ വിഷമമൊന്നുമില്ലല്ലോ അങ്ങനെ എന്താ ഒപ്പിച്ചതെന്നറിയില്ല നജികേദസ് അച്ഛന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു അച്ഛ സർവസ്വവും കൊടുക്കണം എന്നാണല്ലോ വെപ്പ എന്നെ ആർക്കാ കൊടുക്കാൻ പോണത് അദ്ദേഹം പറഞ്ഞു പോയി തന്റെ ജോലി നോക്കൂ എന്ന് പറഞ്ഞു കുട്ടിയെ ആദ്യം വരട്ടി ദ്വിതീയം തൃതീയം ഹോ അച്ഛ രണ്ടും മൂന്നും രാശിയും ചോദിച്ചു എന്നാണ് വീണ്ടും വീണ്ടും കുട്ടി ചോദിച്ചു അച്ഛനും ദേഷ്യമെന്ന് അച്ഛൻ പറഞ്ഞു മൃത്യവേത്വാം ദാമി തന്നെ ഞാൻ യമനു കൊടുക്കും യമനു കൊടുക്കും അപ്പൊ കുട്ടിക്ക് അച്ഛൻ യാഗശാലയിൽ വെച്ചാണ് വാക്കുപാലി വാക്കു പറഞ്ഞിരിക്കണത് അച്ഛൻ അത്ര സീരിയസ് ഒന്നും അല്ല എന്നുള്ള അച്ഛൻ്റെ പേഴ്സണാലിറ്റി നമുക്ക് ചിന്തിച്ചാൽ അറിയാം അദ്ദേഹം ചെയ്യുന്ന യാഗം കണ്ടാൽ തന്നെ അറിയാം സീരിയസ് അല്ല അദ്ദേഹം വായു കൊണ്ട് പറഞ്ഞതും സീരിയസ് ആയിട്ടല്ല പറഞ്ഞതെങ്കിലും കുട്ടിക്ക് ആസ്തിക്യബുദ്ധി ഉണർന്നു വായു കൊണ്ട് പറയുന്നതൊക്കെ സത്യമായി ഗണിച്ചു യാഗശാലയിൽ വെച്ച് പറഞ്ഞതാണ് എങ്ങനെയെങ്കിലും അച്ഛൻ്റെ വാക്കിനെ സത്യമാക്കി ചെയ്യണം എന്നാണ് അങ്ങനെയാണ് നച്ചിക്കേ യമലോകത്തിലേക്ക് പോണത് യമലോകത്തിൽ പോയപ്പോ മൂന്ന് ദിവസം യമൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് യമൻ എവിടെയോ ടൂറ് പോയിരിക്കും ഏതോ ജീവനെ കൊണ്ടുവരാൻ ലോകത്തിലേക്ക് പോയിരിക്കുകയാണോ എന്ന് വിചാരിക്കാം സാധാരണ യമന്റെ ആളുകളെയാണ് അയക്കാം അരിക്കുമ്പോ നമ്മളൊക്കെ നോക്കിക്കൊള്ളണം ആരാ വരണതോന്ന് ചില ജീവനെ ഒന്നും ആളുകൾ വിളിച്ചാലൊന്നും പോവില്ല അവരിവിടുന്ന് യമൻ തന്നെ വരേണ്ടി വരും അപ്പൊ ചിലപ്പോ ആചാര്യസ്വാമികളൊരു സ്തോത്രത്തിൽ യമഭടംമാരെയാണ് വർണ്ണിക്കുന്നത് അതിഭീഷണ കടുഭാഷണ യമകിങ്കര പടലീ കൃതാടന പരിപീടന മരണാഗമ സമയ ഉമയാ സഹ മമ ചേതസി യമശാസന നിവസൻ ഹര ശങ്കര ശിവശങ്കര ഹരമേ ഹരദുരിതം അതിഭയങ്കരമായ രൂപത്തോടുകൂടെ യമഭടന്മാര് വരണമെന്നാണ് യമൻ വരണമെന്നല്ല പക്ഷെ ഇവിടെ യമൻ തന്നെ പോയിരിക്കുന്നു മൂന്ന് ദിവസം ഈ ബ്രഹ്മചാരി ഒന്നും കഴിക്കാതെ യമസദനത്തിൽ ഇരുന്നു അത്രയും യമൻ തിരിച്ചു വന്നപ്പോ മൂന്ന് ദിവസം ആഹാരം കഴിക്കാതെ ബ്രഹ്മചാരി അവിടെ ഇരിക്കുന്നു യമന് വലിയ വിഷമായി ആചാര്യ മര്യാ ആചാരമര്യാദകളൊക്കെ തെറ്റിപ്പോയി ഒരു ബ്രഹ്മചാരി അതിഥിയായി വന്നിട്ട് ഒരു അതിഥി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അഗ്നിയായിട്ടാണ് പ്രവേശിക്കണത് എന്നാണ് ഒന്നും അർപ്പിച്ചിട്ടില്ലെങ്കിൽ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമൊക്കെ ഭസ്മമാക്കും അത്ര വൈശ്വാനര പ്രവിശത്തി അതിഥിർ ബ്രാഹ്മണോ ഗൃഹാൻ പണ്ടത്തെ കാലത്തൊക്കെ അതുകൊണ്ട് ബ്രാഹ്മണർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ആർക്കെങ്കിലുമൊക്കെ കടം കൊടുത്താൽ അവർ കടം പൈസ തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അവരുടെ വീട്ടിൽ പോയി ഊണ് കഴിക്കാതെ ഇരിക്കും അപ്പൊ അന്നൊക്കെ ഭയമുള്ളത് കൊണ്ട് ഇദ്ദേഹം വന്ന് ഊണ് കഴിക്കാതിരുന്നാൽ സർവ പുണ്യകർമ്മങ്ങൾ ഒക്കെ ഭസ്മമായി പോകുന്നു പേടിയുള്ളത് കൊണ്ട് വേഗം തിരിച്ചു കൊടുക്കുക അത്ര ഇന്നിപ്പോ കഴിക്കാതിരുന്നേ ഇരുന്നതേ ഉള്ളൂ ഇവിടെ ബ്രഹ്മചാരി അവിടെ മൂന്ന് ദിവസം ഇരുന്നതുകൊണ്ട് യമൻ കാലും കയ്യുമൊക്കെ കഴുകി ചോദിച്ചു അത്ര അങ്ങേക്ക് എന്തു വരമാ വേണ്ടതോ ചോദിക്കാം മൂന്ന് ദിവസത്തേക്ക് ഓരോ വരം ആദ്യത്തെ ദിവസം ഒരു വരം രണ്ടാമത്തെ ദിവസം ഒരു വരം വേറെ സാധാരണമായ വരങ്ങൾ ചോദിച്ചു ഒരു നാചികേത അഗ്നി വിദ്യയെ കുറിച്ചൊരു വരം ചോദിച്ചു ആദ്യം അച്ഛൻ താൻ തിരിച്ചു പോകുമ്പോൾ കോപിക്കാതെ പൂർവ ബുദ്ധിയോടുകൂടെ തന്നെ തന്നെ സ്വീകരിക്കണം എന്ന് ചോദിച്ചു മൂന്നാമത്തെ വരമാണ് യമനോട് ചോദിച്ചു ഹേ മൃത്യു അങ് ആരാണ് യമനോട് ചോദിച്ചു അങ്ങ് ആരാണെന്ന് അങ്ങയുടെ സ്വരൂപം എന്താ എനിക്കൊന്ന് കാണിച്ചു തരിയാ എന്താ ഈ മൃത്യു ഏയം പ്രേതേ വിചിക്സാ മനുഷ്യേ അസ്ഥീതി ഏകെ നായം അസ് ഏതത് വിദ്യം അനുശിഷ്ടസ്ത്വയാഹം വരാണോ ഏഷ വരസ്തൃതീയ ലോകത്തിലെ മുഴുവൻ എല്ലാവർക്കും ഉള്ള ഒരു സംശയം മരിച്ചു കഴിഞ്ഞാൽ പ്രേതേ മനുഷ്യേ മരിച്ച് മനുഷ്യൻ മരിച്ചു കഴിയുമ്പോ അസ്ഥീതി ഏകെ ചിലര് പറയുന്നു അദ്ദേഹം അതിനുശേഷം ഉണ്ടെന്ന് പറയണം ചിലർ പറയണു നായം അസ്ഥീതി ചേക്ക് ഇല്ല എന്ന് പറയണു ഇതെന്താ ഇതിന് രഹസ്യം എന്ത് സംഭവിക്കണു മരണത്തിന് ശേഷം ഏതത് വിദ്യ ഈ വിദ്യയെ അങ്ങയ്ക്ക് മാത്രം അറിയാവുന്ന ഈ വിദ്യയെ എനിക്ക് ഉപദേശിച്ചു തരൂ ഏതദ് വിദ്യം ത്വയാഹം അങ്ങ് എനിക്ക് പഠിപ്പിച്ചു തരണം ശരീരം വിട്ട് ഈ ജീവൻ എന്ത് സംഭവിക്കണു അയാൾ ഉണ്ടോ ഇല്ലയോ യമൻ പറഞ്ഞു കുഞ്ഞേ അരുത് ദേവന്മാരു പോലും കാലുവെക്കാൻ പേടിക്കണ ഭൂമിയാണ് ഇങ്ങോട്ട് കാലുവെക്കരുത് ഈ ചോദ്യം ചോദിക്കരുത് ദേവൈരത്രാഭിവിചിത്സിതം പുരേയം അണുരേഷധർമ്മ ഹേ നചികേതസേ അതീവ സൂക്ഷ്മമാണ് ഈ വിദ്യ ദേവന്മാരു പോലും ഈ വിദ്യയെ ശരിക്കൊന്നും മനസ്സിലാക്കിയിട്ടില്ല അതുകൊണ്ട് ഇത് ചോദിക്കരുത് തനിക്കിതാ നോക്കൂ ഇവിടെ നോക്കൂ കൈ കാണിച്ചപ്പോ ഇമാ രാമാരഥാഹ സതൂര്യാഹ നഹീദൃഷാലംബനീയാ മനുഷ്യൈ അതിസുന്ദരികളായ പെൺകുട്ടികള് നല്ല രഥം കുതിര നല്ല പാലസ് ധാരാളം സമ്പത്ത് ഒക്കെ കൊണ്ടുപോയിക്കൊള്ളാം നജികേതസ് പറഞ്ഞു എനിക്ക് വേണ്ട എത്ര കാലം ജീവിക്കണം പറയൂ കുഞ്ഞേ ഞാൻ ആയുസ് തരാം വർഷങ്ങൾ വേണോ നജികേതസ് പറഞ്ഞു വിഡ്ഢികളെ ആയുസ് വാങ്ങിക്കൊള്ളൂ എന്നാണ് അതിദീർഘ ജീവിത കോരമേത ദീർഘമായ ജീവിതം കിട്ടി ഞാൻ എന്ത് ചെയ്യും ഇപ്പൊ തന്നെ അറുപത് വർഷം കഴിയുമ്പോഴേക്കും ജനറേഷൻ ക്യാപ്പ് സഹിക്കണില്ല പത്തഞ്ഞൂറ് വർഷം ഇരുന്ന മഹാപകടം മരിക്കണമെന്ന് വിചാരിച്ചാലും മരിക്കാൻ പറ്റില്ല എന്ന് വെച്ചോളൂ അതിനേക്കാളും വലിയ ശിക്ഷ വേറൊന്നുമില്ല പേരക്കുട്ടികൾ പെപ്പേരക്കുട്ടികളൊക്കെ വന്നു പോവും പിന്നെ അവരൊക്കെ നമ്മളെ നോക്കി കൊഞ്ഞനം കാണിക്കും മരിക്കാനും പറ്റില്ല മഹാവഷമായി പോവും അപ്പോ അതിദീർഘേ ജീവിതേ കോരമേത ഈ ഇന്ദ്രിയ വിഷയങ്ങളൊക്കെ കൊണ്ട് മുമ്പിൽ നിരത്തി നജികേതസിന്റെ അടുത്ത് ഈ കാര്യം മാത്രം എന്നോട് ചോദിക്കരുത് യമം പറഞ്ഞുപോ എന്നെ ഇട്ട് പിഴിയരുത് എന്നാണ് മാമോ പരോത്സീഹി എന്നെ പിടിച്ച് പിഴിയരുത് വേറെ എന്ത് വേണമെങ്കിൽ ചോദിച്ചോളാം എന്തു വേണമെങ്കിൽ ചോദിച്ചോളാം തരാം ഇതാ ഇന്ദ്രിയ വിഷയങ്ങൾ മുഴുവൻ ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് കിട്ടാത്തതാണ് ഈ ചോദ്യം ചോദിച്ചപ്പോഴാണ് അതൊക്കെ കൊണ്ടുവന്ന് നിർത്തണത് ഇതൊന്നും സാധാരണ മനുഷ്യർക്ക് കിട്ടാത്തതാണ് ഇതാ അതൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കണോ എടുത്തുള്ള വേണമെങ്കിൽ എന്തു വേണമെങ്കിൽ എടുത്തോളൂ അപ്പോ ആ കുട്ടി പറഞ്ഞെന്താ അറിയോ ശോഭാവാഹ മർത്യ യകൈതത് സർവേന്ദ്രിയേജ അപ്പിസം ജീവിതം അല്പമേവ തവൈവ വാഹ തവ നൃത്യഗീതേ ധാരാളം പാട്ടും ഡാൻസും സുഖസൗകര്യങ്ങളും ഒക്കെ കൊടുത്തപ്പോ ആ കുട്ടി പറഞ്ഞു ഹേ അന്തകാന്ന് വിളിച്ചു യമന് അങ്ങയുടെ പേര് തന്നെ അന്തകന്നാണ് അതായത് എല്ലാത്തിനെയും അന്തം ചെയ്യുന്നവൻ അങ്ങ് തരുന്ന സാധനങ്ങളെയൊക്കെ അങ്ങ് തന്നെ ഇന്നല്ലെങ്കിൽ നാളെ അന്തം ചെയ്യും മാത്രമല്ല ഈ സാധനങ്ങളൊക്കെ അങ്ങ് തന്നിട്ടുണ്ടല്ലോ ഇതൊക്കെ എനിക്ക് എത്ര കാലം അനുഭവിക്കാൻ പറ്റും നാളേക്ക് നിലയ്ക്ക് നിൽക്കാത്തതാണ് ഇതൊക്കെ ശോഭാവാഹാം എന്നായാലും മരിച്ചു പോകണം നാളേക്ക് നിലയ്ക്ക് നിൽക്കില്ല നിന്നാലും കുറെ കഴിയുമ്പോ അനുഭവിക്കാൻ പറ്റാത്ത അവസ്ഥ വരും എന്തൊക്കെ അപകടമുണ്ട് ഈ വിഷയങ്ങളില് സർവേന്ദ്രിയാണാം ജരയന്തി തേജ അനുഭവിക്കും തോറും ഇന്ദ്രിയങ്ങളുടെ തേജസ്സൊക്കെ ക്ഷയിച്ച് ക്ഷയിച്ചു വരും പിന്നെ അനുഭവിക്കണം എന്നുള്ള ആശ മാത്രം ഉണ്ടാവും അനുഭവിക്കാനും പറ്റില്ല ഇനിയിപ്പൊ അങ് ജീവിതം എത്ര തന്നെ തന്നോളൂ അപ്പൊ സർവം ജീവിതം അല്പമേവ എത്ര ജീവിതം തന്നാലും ഈ മനുഷ്യനത് അല്പമേ ആവുകയുള്ളൂ പൂർണ്ണ തൃപ്തി വരില്ല അതുകൊണ്ട് അങ്ങയുടെ പാട്ടും ഡാൻസും ഒക്കെ അങ്ങക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു തവൈവ വാഹാഹ തവ നൃത്യഗീത എനിക്ക് ആ വിദ്യ തന്നെ ഉപദേശിച്ചു തരാം എനിക്ക് വേറെ ഒന്നും വേണ്ട കുട്ടി മിടുക്കൻ മിടുമിടുക്കാൻ പിടിച്ചോളൂ കഴുത്തിലുള്ള മാല ഇമാം ശൃങ്കാം അനേകരൂപാം ഗൃഹാണ എന്ന് പറഞ്ഞു മാലയെ അഴിച്ചു കൊടുത്തു വേണ്ട വേണ്ട അവിടെ വെച്ചോളു ഇതൊക്കെ പറഞ്ഞിട്ട് പിന്നെ വേണമെങ്കിൽ വാങ്ങിച്ചോളാ എന്ന് പറഞ്ഞു കുട്ടി വിട്ടില്ല അത്ര വേണം വീര്യം അല്ലെങ്കിൽ ഈ ബ്രഹ്മവിദ്യ അതിലേക്ക് നമ്മൾ തിരിയുമ്പോൾ സകലത്തും കൊണ്ടുതരും അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചാൽ കിട്ടാത്ത സാധനങ്ങളൊക്കെ ഇങ്ങോട്ട് തിരിയുമ്പോൾ കൊണ്ടുതരും മഹാലക്ഷ്മിയുടെ സ്വഭാവമേ അതാണ് ലക്ഷ്മിയുടെ പുറകെ നടന്നാൽ ലക്ഷ്മി വരില്ല ഭഗവാന്റെ പുറകെ നടന്നാൽ അതാ ഞാൻ വരണു വരണു വരണു പുറകെ നടന്നു എല്ലാത്തിനെയും തള്ളി മാറ്റിക്കഴിഞ്ഞപ്പോഴാണ് യമധർമ്മൻ നചികേദസനെ കെട്ടിപ്പിടിച്ചു കുഞ്ഞെ തന്നെ പോലെ ചോദ്യം ചോദിക്കണവർ എനിക്കിനിയും ഉണ്ടാവട്ടെ ത്വാതൃങ്ങോഭൂയാത്ത് നജികേത പ്രഷ്ഠ തന്നെ പോലെയുള്ള പ്രഷ്ഠാക്കൾ സത്യജിജ്ഞാസുക്കൾ എന്റെ മുമ്പിൽ ഇനിയും വരട്ടെ സാധാരണ വരുന്നവർ മുഴുവൻ അരയും കുറയുമായിട്ടുള്ളവരാണ് അവരിതിൽ ഏതെങ്കിലും ഒന്ന് കാണിച്ചാൽ ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത് മറ്റേത് വെറുതെ ചോദിച്ചതാണെന്ന് പറഞ്ഞ് ഇതും വാങ്ങിച്ചോണ്ട് പോകും ഒരു ചോക്ലേറ്റ് കൊടുത്താൽ മതി അതും വാങ്ങിച്ചോണ്ട് ലോകത്തിൽ അധികം പേരും അധികം പേർക്കും ഈ സത്യമൊന്നും വേണ്ട അതുകൊണ്ട് കുഞ്ഞെ താൻ ചോദിച്ചതുകൊണ്ട് ഞാൻ പറഞ്ഞുതരാം എന്ന് പറഞ്ഞ് ഈ ജീവന്റെ യാത്രയെ മുഴുവൻ പറഞ്ഞു ആത്മസ്വരൂപം വിവരിച്ചു മൂന്ന് തലത്തിലായിട്ട് ശരീരത്തിന്റെ തലത്തിൽ വിവരിച്ചു മാനസിക തലത്തിൽ വിവരിച്ചു സ്വരൂപതലത്തിൽ വിവരിച്ചു ശരീരതലത്തിൽ നിന്നും ആത്മാവിനെ കാണിച്ചു കൊടുത്തു കുഞ്ഞെ ഈ ശരീരത്തിന്റെ ഉള്ളില് ഏതൊരു വസ്തുവാണോ ഉള്ളിലിരുന്ന് കണ്ണുകൊണ്ട് കാണുന്നത് ചവി കൊണ്ട് കേൾക്കണത് മൂക്കുകൊണ്ട് മണക്കണത് നാക്കുകൊണ്ട് രുക്ഷിക്കണത് ത്വക്കുകൊണ്ട് സ്പർശിക്കണത് ഏതൊന്നാണോ ഈ ശരീരത്തിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് അനേക സുഖങ്ങളെ അനുഭവിക്കുന്നത് അത് തന്നെയാണ് താൻ ചോദിച്ച വസ്തു ഏനരൂപം രസം ഗന്ധം ശബ്ദാൻസ്പർശാൻശ മൈഥുനേതേനൈവ വിജാത്തി കിത്ര പരിശിഷ്യത്തെ എത്തേ താൻ ചോദിച്ച ആ വസ്തുവുണ്ടല്ലോ ഇതാണ് പിന്നെ അന്തരിമായ തലത്തിൽ സ്വപ്നതലത്തിൽ പറഞ്ഞുകൊടുത്തു യസ്വപു ജാഗർത്തി കാമം പുരുഷോ നിർമ്മിമാണ തദേ ശുക്രം്രഹ്മ തദേ അമൃതമച്യുത്തെ അമൃതമുച്യത്തെ തോക്കാശ്രിത തതുശനാ ഏതദ്വൈ തത്ത് ഏതൊന്നാണോ ഈ ശരീരം ഉറങ്ങുമ്പോഴും ഉള്ളിൽ ഉണർന്നിരുന്ന് അനേക കാമനകളെ ഉണ്ടാക്കി ചിത്രങ്ങളെ സ്വപ്ന പൊന്തിച്ചുകൊണ്ടുവന്ന് അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വസ്തുവിലാണ് പ്രപഞ്ചമാകുന്ന മഹാസ്വപ്നം പ്രതിഷ്ഠിതമായിട്ടിരിക്കുന്നത് അതാണ് അതീവ ശുദ്ധമായ ബ്രഹ്മവസ്തു എന്നറിയുക ഇങ്ങനെ പറഞ്ഞു കൊടുത്തു എന്നിട്ട് അവസാനമാണ് ഈ ജീവന്റെ ഗതിയെക്കുറിച്ചും പറഞ്ഞുകൊടുത്തു ആത്മതത്വവും ബോധിപ്പിച്ചു ജീവന്റെ ഗതി എന്താ മരിച്ചു കഴിഞ്ഞാൽ ഈ ജീവൻ എന്ത് സംഭവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞു ശരീരം ഇവിടെ തന്നെ ഭസ്മമായി പോകും ആത്മാവിന് ജനനം വരണമില്ല പിന്നെ ഈ പുനർജന്മം ആർക്ക എന്ന് ചോദിച്ചാൽ സൂക്ഷ്മശരീരിക്കാണ് സൂക്ഷ്മശരീരിയായിട്ടുള്ള ജീവൻ ഈ ദേഹം വിട്ട് വേറെ ഒരു ദേഹത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞു വാസാംസി ജീർണാനി യഥാവിഹായ നവാനി ഗൃഹാതി നരോപരാണി തഥാശരീരാണിവിഹായ ജീർണാനി അന്യാനി സംയാതി നവാനി ദേഹി ഒരു ദേഹം വിട്ട് ഇനിയൊരു ദേഹത്തിലേക്ക് പോകുന്നു ഒരു വസ്ത്രം ജീർണിച്ചു കഴിഞ്ഞാൽ ആ വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് പുതിയ വസ്ത്രം ഉടുക്കണ പോലെ ഒരു ശരീരം അതിലെ പ്രാരബ്ധം ജീർണിച്ചു കഴിഞ്ഞാൽ ആ ശരീരം വിട്ടിട്ട് ഇനിയൊരു ശരീരം എടുക്കണു ആ ദേഹി ജീവൻ യഥാകർമ്മ യഥാശ്രുതം അതിന്റെ കർമ്മത്തിനനുസരിച്ചും അറിവിനനുസരിച്ചും വാസനക്കനുസരിച്ചും ഉള്ള പുതിയ ജന്മം എടുക്കണു ഇതൊക്കെ യമധർമ്മൻ വിവരിച്ചുകൊണ്ട് ഇത് സാന്ദർഭികമായിട്ട് കഠോപനിഷത്തിലെ കഥ കുറച്ച് സൂചിപ്പിച്ചു അത്രയേ ഉള്ളൂ ഈ വിഷയം യമനോട് നച്ചുകേതസ് ചോദിക്കുന്നു അതിനുള്ള ഉത്തരം യമൻ പറഞ്ഞു കൊടുത്തു അതേ അർത്ഥം തന്നെയാണ് ഈ ശ്ലോകവും വാസാംസിജീർണാനി യഥാവിഹായി ഓരോ ജന്മവും ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് പോവാൻ കാരണം എന്താ പലരും ചോദിക്കും പുനർജന്മത്തിൽ ഞങ്ങൾ വിശ്വസിക്കണില്ല എന്നൊക്കെ പറയും ഇത് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഉള്ള ഒരു വസ്തുവല്ല ഇത് പുനർജന്മം എന്ന് പറയുന്നത് അത് ആപേക്ഷികമായ ഒരു സത്യമാണ് ഒരു ഫാക്ട് അത്രേ ഉള്ളൂ അതിൽ നമ്മൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവും വരാനില്ല വിശ്വസിച്ചത് കൊണ്ടുമ്പോൾ വലുതായിട്ടൊന്നും വരാനില്ല പക്ഷേ അതൊരു എക്സ്പ്ലനേഷനാണ് ഈ പുനർജന്മം എന്ന് പറയുന്നത് നമ്മളുടെ പൂർവവാസനകൾ ഒരു കുട്ടിയും ജനിക്കുമ്പോൾ ബ്ലാങ്ക് ആയിട്ടല്ല ജനിക്കണം എല്ലാം ജനിക്കുമ്പോ മുമ്പുള്ള എന്തൊക്കെയോ വാസനകളെയും കൊണ്ട് വരുന്നു ഒരാളും ബ്ലാങ്കായിട്ട് ജനിക്കണില്ല എല്ലാം പൂർവ്വവാസനകൾ അപൂർവം പല കേസുകളും റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർക്ക് പൂർവ്വ ഓർമ്മയൊക്കെ ഉള്ളതായിട്ട് നിറയെ കഥകൾ അങ്ങനെയുണ്ട് കുട്ടിക്ക് എട്ട് വയസ്സേ ആയിട്ടുണ്ടാവുള്ളൂ ആ എട്ട് വയസ്സിൽ കുട്ടിക്ക് പെട്ടെന്ന് പൂർവ്വജന്മസ്മൃതി ഒക്കെ വന്നിട്ട് എന്റെ വീട് ഇന്ന സ്ഥലത്തുണ്ട് എന്നൊക്കെ ചില കുട്ടികൾ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്റെ പേരക്കുട്ടിയുണ്ട് മരുമകനുണ്ട് മകനുണ്ട് എന്നൊക്കെ പറയും അവർക്ക് ഇത്ര വയസ്സായി എന്നൊക്കെ പറയും കൂട്ടിക്കൊണ്ടു പോയാൽ താൻ മരിച്ച ദിവസം അടക്കം പറയും അവിടെ പോയി നോക്കുമ്പോ ഒക്കെ കറക്റ്റായിരിക്കും പാരാസൈക്കോളജി എന്ന് പറഞ്ഞിട്ട് സൈക്കോളജിയുടെ ഒരു ഡിപ്പാർട്ട്മെന്റ് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇങ്ങനത്തെ പലതും അതൊക്കെ ആപേക്ഷികമായ റിലേറ്റീവായിട്ടുള്ള പ്ലെയിനിൽ ഈ പുനർജന്മം എന്നുള്ളത് ഒരു ഫാക്ട് ജീവൻ ഒരു ശരീരത്തിൽ നിന്ന് ഒരു ശരീരത്തിലേക്ക് പോകുന്നു എന്തുകൊണ്ട് പുനർജനനം ആവശ്യം ജനനത്തിന്റെ കാരണം എന്താ ഒന്നാമത് താനൊരു ജീവനാണ് എന്ന് കരുതുന്നു ബേസിക്കലി രണ്ട് നമുക്ക് യാത്ര ചെയ്യാനുള്ള ഡിസയർ ഉള്ളതുകൊണ്ട് ആഗ്രഹമുള്ളതുകൊണ്ട് ഇപ്പൊ തന്നെ എത്ര ടൂർ അടിക്കാനുള്ള ആഗ്രഹമാണ് നമുക്ക് അവിടെ പോണം എവിടെ പോണം എന്തൊക്കെ കാണണം അതേ ആഗ്രഹത്തോടെ മരിക്കുമ്പോൾ പിന്നെയും ഇവിടുന്ന് ടൂർ അടിക്കും ചിലപ്പോ പിതൃലോക ദേവലോകങ്ങളൊക്കെ പോയിട്ട് വരും ചിലപ്പോൾ ശരീരത്തിന്ന് ശരീരത്തിലേക്ക് പോവും മരിക്കുമ്പോ സാധാരണ പുനർജന്മം അങ്ങനെയാണ് മരിക്കുമ്പോ എന്താഗ്രഹത്തോടുകൂടെ മരിക്കണോ അതടുത്ത ജന്മം അങ്ങനെയാണ് ഭരതൻ ഭാഗവതത്തിൽ നമ്മൾ കണ്ടു മാനിനെ ചിന്തിച്ചുകൊണ്ട് മരിച്ചു മാനായിട്ട് ജനിച്ചു എന്നാണ് എന്ന് വെച്ചാൽ ആ രൂപം പൂണ്ട് നിൽക്കണു അത്രയേ ഉള്ളൂ ചിത്തത്തിന് ആ ആകാരം വരുമ്പോ അതിനെ താനായിട്ട് ധരിക്കണം പേരക്കുട്ടിയെ ചിന്തിച്ചു കൊണ്ട് മരിച്ചാൽ പേരക്കുട്ടി ചിലപ്പോഴൊക്കെ കുട്ടികൾ ജനിക്കുമ്പോ വീട്ടിലെ ആളുകൾ പറയും മുത്തശ്ശനെ പോലെ തന്നെ ഉണ്ടെന്ന് പറയും കുറച്ച് കഴിഞ്ഞ വലുതായ മുത്തശ്ശന്റെ ഒക്കെ സ്വഭാവമൊക്കെ കാണിക്കണമെന്ന് പറയും മുത്തശ്ശനെ പോലെയോ ഒന്നുമല്ല മുത്തശ്ശൻ തന്നെ ഈ വീട് വിട്ടിട്ട് പോവാനുള്ള ഇഷ്ടമില്ല വന്ന് ജനിച്ചിരിക്കുകയാണ് പിന്നെയും വന്ന് ജനിക്കണമെന്നാണ് അനേക യോനികളിൽ ഈ ജീവനിങ്ങനെ ചുറ്റിത്തിരിയും എത്രയോ ഭക്തന്മാരങ്ങനെ പാടിയിട്ടുണ്ട് ബുദ്ധൻ പോലും തൻ്റെ പൂർവജന്മങ്ങളൊക്കെ പറഞ്ഞു എന്നാണ് ബൗദ്ധന്മാർ പറയുന്നത് അനേക ജന്മങ്ങൾ പറഞ്ഞു അത്രയും ബോധിസത്വനായിട്ട് മേക്കിംഗ് ഓഫ് ബുദ്ധ അനേക ജന്മങ്ങളിൽ വളർന്നു വളർന്നു വളർന്നു വളർന്നു വന്നതായിട്ട് അതേപോലെ അനേക പൂർവ ജന്മങ്ങളുടെ സ്മൃതി പലർക്കും ഉണ്ടായിട്ടുണ്ട് ണിക്യവാചക സ്വാമികൾ പറയുന്നു എത്രയോ ജന്മങ്ങളിൽ ഞാൻ ചുറ്റി ഭഗവാനെ എന്നാണ് തിരുവാചകം ആരംഭിക്കുമ്പോ പുല്ലാകിപ്പൂടായി പുഴുവായി മരമാകിപ്പൽ വിരുഹമാകി പറവയായി പാമ്പായി കല്ലായി മനിതറായി പേയായി ഗണങ്ങളാകിവൽ അസുരാകി മുനിവരായി ദേവരായി ിസ്താവമത്തൾ എല്ലാ പിറപ്പും പിറന്ന് ഇളത്തേൻ എം പെരുമാൻ പൊന്നടികൾ കണ്ടിന് വീടുൻ ഉയ്യവൻ ഉള്ളൾ ഓങ്കാരമായി നെയ്യാ വിമലാ വിടപ്പാകാ വേദങ്ങൾ അയ്യാവന ഓങ്കി ആൾന്ന് അകഞ്ഞുണ്ണിയനേ വെയ്യായ് തനിയായ് ഇമാനനാം വിമലാ പൊയ്യായിവെല്ലാം പോയകല വന്തളി മെയ് ജ്ഞാനമാകി മിളുക മെയ്ചുടരേ എൻ്ഞാനമില്ലാതേന ഇൻപെരുമാനേ അജ്ഞാനം തന്നെ അകൽവിക്കും നൽ അറിവേ ആക്കം അളവ് ഇരുതിയില്ലായ് അനത്തുലകും ആക്കവായ് കാപ്പായിപ്പായ് അരുൾ തരുവായ്പോക്ക്വായെ പുവിപ്പായിനൊഴിൽ നാറ്റത്തിൻ നേരിയായ് ശേയായ് നണിയാനേ മാറ്റം മനം കഴിയ നറയോനേ കറന്തപാൽ കണ്ണലൊടു നെയ് കലന്താപോല സിന്ത അടിയാ ചിന്തനയുൾ തേനൂറി പിറന്ത പിറപ്പ് അറുക്കും ഞങ്ങൾ പെരുമാൻ മനോഹരമായിട്ട് ഭക്തിയുടെ രസം അദ്ദേഹം തന്നെ ആ ഭാഷ എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ കരന്തപാൽ കണ്ണളോട് നെയ്ഹലന്താർ പോലെ ശിരന്ത അടിയാർ ചിന്തനയുൾ തേനൂറി നിനൂറി നിൽക്കുന്ന അനുഭൂതിയുടെ ഭാഷയാണ് കറന്നുവെച്ച പാലില് കരുമ്പിന്റെ ചാറൊഴിച്ച് നെയ്യൊഴിച്ച് ചേർത്ത് അത് കുടിക്കുമ്പോ നാവനുണ്ടാവുന്ന സ്വാദ് അതിനെ ഏകദേശം തുലനം ചെയ്യാണ് ഹൃദയത്തിലുണ്ടാവുന്ന ഭക്തിയുടെ അനുഭൂതിക്ക് അതിലദ്ദേഹം പറയുന്നു പുല്ലായി പൂടായി പുഴുവായി മരമായി പല മൃഗങ്ങളായി പാമ്പായിട്ടും ഗണങ്ങളായിട്ടും ദേവന്മാരായും ഋഷികളായും ഒക്കെ ചുറ്റി തിരിഞ്ഞ് ഇളൈത്തേ എന്നാണ് ഞാൻ അങ്ങടെ മെലിഞ്ഞു പോയി എന്നാണ് തളർന്നു പോയി അവസാനം എപ്പോഴായി ജനന ചക്രം ഒന്ന് നിന്നത് എന്ന് വെച്ചാൽ മെയ്യേ മുൻ പൊൻ അടികൾ കണ്ട് മെയ് എന്ന് വെച്ചാൽ സത്യം പൊയ്യല്ലാത്തത് മെയ് ഭഗവാനെ സത്യമേ എന്ന് വിളിച്ചു ഭാഗവതം സത്യം പരം ധീമഹി എന്ന് പറഞ്ഞ പോലെ സത്യമേ അങ്ങനെ കണ്ടപ്പോ ഞാൻ ഐ വാസ് റിലീസ്ഡ് സത്യം എപ്പോ കണ്ടെത്തിയോ സത്യം എന്താണ് പിരന്ത പിറപ്പ് അറുക്കും എങ്ങൾ പെരുമാൻ മായി നിങ്ങൾ പെരുമാറും ഹൃദയത്തില് പ്രണവാർത്ഥമായി ജനനമരണശൂന്യമായ ശുദ്ധ ബോധസ്വരൂപമായി ഹൃദയത്തിൽ ഭഗവാനെ കണ്ടപ്പോ ഈ യാത്ര അങ്ങോട്ട് നിന്നു യാത്ര ചെയ്യാൻ മോഹമുള്ളവർ കുറെ യാത്ര ചെയ്ത് കഴിയുമ്പോ യാത്ര ചെയ്യാനുള്ള ആഗ്രഹം പോകും ഇനി മതിയായി എന്ന് പറയും ഇനി ഒരിടത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിരിക്കും അല്ലേ അതുപോലെ ഈ ഉള്ളിലൂടെ ഈ സൈക്കോളജിക്കൽ ട്രാവൽ ജനനത്തുനിന്ന് ജനനത്തിലേക്ക് ജനനത്തുനിന്ന് മരണത്തിലേക്ക് മരണത്തുനിന്ന് ജനനത്തിലേക്ക് ഇതിനെയാണ് ഭവം ഭവരോഗം എന്ന് പറയും ഭവരോഗം എന്ന് വെച്ചാൽ എന്താ അറിയോ ഭവം എന്ന് വെച്ചാൽ എന്താ ആയിത്തീരുക അതിനാണ് ഭവം എന്ന് പറയുക നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉള്ള മൂവ്മെന്റ് എന്താണ് ആയിത്തീരണം ആയിത്തീരണം അല്ലെ എന്തോ നായിത്തീരാനുള്ള ആഗ്രഹമാണ് എപ്പോഴും എന്തോ ആയിത്തീരാനുള്ള ഈ ആയിത്തീരാനുള്ള ആഗ്രഹം മരിക്കണ സമയത്ത് ഉള്ളതുകൊണ്ട് അത് എന്തോ പുതിയതായിട്ട് ഓരോരിക്കൽ ഓരോന്നായിത്തീരണം ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ അവർക്ക് ഓട്ടോ ഡ്രൈവർ ആകണം എന്നായിരിക്കും പ്ലെയിൻ കണ്ട പ്ലെയിൻ ഓടിക്കണ ആളാവണം കുതിര ഓടിക്കണവനെ കണ്ട കുതിര ഓടിക്കണവനാവണം സിനിമ കണ്ട സിനിമയിലുള്ള ആളെപ്പോലെ ആവണം കഥകളൊക്കെ കേട്ടാ കഥയിലുള്ളവരെ പോലെ ആകണം കുറച്ചു കഴിഞ്ഞാൽ എഞ്ചിനീയർ ആവണം അല്ലെങ്കിൽ ഡോക്ടറാവണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ പഠിച്ച് വലിയ സയന്റിസ്റ്റ് ആവണം പാട്ടുപാടുന്ന ആളെ കണ്ടാൽ പാട്ടുപാടുന്നവനാവണം ഇങ്ങനെ ആവണം ആവണം ആവണം അല്ലെ ആ സൈക്കളോജിക്കൽ ഇമാജിനേഷൻ അതിങ്ങനെ ഭാവന ചെയ്യാണ് താൻ എന്തോ ആവണം എന്തോ ആവണം അവസാനം ഒരു സ്റ്റേജ് വരും ഒന്നും ആവാനുമില്ല നേടാനുമില്ല എപ്പോഴും ഉള്ളതെന്തോ അത് മാറ്റമില്ലാതെ തുടരുന്നു എന്ന് അറിയണവരെ ഈ ആയിത്തീരാനുള്ള ആഗ്രഹം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അതുകാരണം നമ്മൾ എന്തൊക്കെ വേഷം കെട്ടണമെന്ന് നോക്കൂ ആണ് പെണ്ണായിട്ട് വേഷം കിട്ടണു പെണ്ണാണായിട്ട് വേഷം കെട്ടണോ കണ്ടാൽ തന്നെ അറിയണില്ല ചിലതൊക്കെ അല്ലെ ഇതൊക്കെ ഈ ഇൻവേർഡ് ഉള്ളിലുള്ള ഈ ആയിത്തിരാനുള്ള ആഗ്രഹമാണ് എന്തോ ആകാനുള്ള ആഗ്രഹം ഇതിനാണ് ഭവം എന്ന് പറയുന്നത് ആയി എന്തോ നേടണം എന്തോ അറ്റൈൻമെന്റ് എന്നാൽ ആത്മാവാകട്ടെ ഇതിന് വഴങ്ങി തരാത്തതാണ് അതെപ്പോഴും ഏകസ്വരൂപമായിട്ട് വർദ്ധിക്കണം മനസ്സുണ്ടല്ലോ വെറുതെ ഭാവന ചെയ്യണോ ഈ ആവാനായിട്ട് ഈ ആഗ്രഹം അവശേഷിക്കണത് കൊണ്ടും ആയിട്ട് ഇരിക്കണത് ഈ ജീവൻ മരിക്കുമ്പോഴും ഈ ആഗ്രഹത്തോടുകൂടെ മരിക്കും അപ്പൊ അത് പിന്നെയും യാത്ര ചെയ്യും ഒരു പരീക്ഷണമാണ് ഒരു പരീക്ഷണമാണ് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കും നിൽക്കില്ല പരീക്ഷണം ശിവാനന്ദ സരസ്വതി സ്വാമി രസമായൊരു കഥ പറ ഒരു ഗുരുകുലം ഗുരുകുലത്തിൽ അനേക ബ്രഹ്മചാരികൾ അതിലൊരു ബ്രഹ്മചാരി ഗുരുവിനോട് പറഞ്ഞു സ്വാമി ഞാൻ വേദമൊക്കെ പഠിച്ചു കഴിഞ്ഞു ഞാൻ എന്ത് ചെയ്യണം ചോദിച്ചു ഗുരു പറഞ്ഞു തന്റെ മുമ്പിൽ രണ്ടു മാർഗം തുറന്നു വച്ചിരിക്കും ഒന്ന് ബ്രഹ്മചാരി ഭൂത്വാ ഗൃഹീഭവേത്ത് ഗൃഹീഭൂത്വാ വനീഭവേത്ത് വനീഭൂത്വാ പ്രവ്രജേത് ഗൃഹസ്ഥനാവാം ഗൃഹസ്ഥനായി വാനപ്രസ്ഥനാവാം സന്യാസിയാവാം അല്ലെങ്കിൽ ശക്തി ഉണ്ടെങ്കിൽ ബ്രഹ്മചര്യത്തിന്ന് ഡയറക്റ്റായിട്ട് സന്യാസത്തിലേക്കും കാല് വയ്ക്കാം എന്ത് വേണമെങ്കിൽ തന്നോട് വിട്ടിരിക്കുന്നു അപ്പൊ ഈ ബ്രഹ്മചാരി പറഞ്ഞു എനിക്ക് ഗൃഹസ്ഥനായിട്ട് ഇരിക്കാൻ ഇപ്പോ ഒരു ആഗ്രഹമുണ്ട് വാസനയുണ്ട് അപ്പൊ ഞാൻ സന്യസിച്ചാൽ ശരിയാവില്ല അതുകൊണ്ട് ഞാൻ ഗൃഹസ്ഥനായിട്ട് കുറച്ചു കാലം വസിക്കട്ടെ അപ്പൊ ഗുരു പറഞ്ഞു ഗൃഹസ്ഥനായിട്ട് ഇരിക്കുന്നത് കൊള്ളാം വളരെ ജാഗ്രതയായിട്ട് ഇരിക്കണം ഒരു ഇരുപത് വർഷം താൻ ഗൃഹസ്ഥാശ്രമത്തിലിരിക്കാം ഇരുപത് വർഷമല്ല പത്തു വർഷം ആ പത്തു വർഷം കഴിഞ്ഞാൽ ഞാൻ വരും തന്നെ കൂട്ടിക്കൊണ്ടു പോവാനായിട്ട് അപ്പോ എന്റെ കൂടെ ഇറങ്ങി വന്നോളണം എന്ന് പറഞ്ഞു ശരി എന്ന് പറഞ്ഞു ഈ ബ്രഹ്മചാരി പോയി പോയി കുറച്ചു ദിവസം കഴിഞ്ഞു അദ്ദേഹത്തിന് ഒരുമാതിരി ധനമൊക്കെ സമ്പാദിച്ചു പിന്നെ കുറേ വർഷം കഴിഞ്ഞു നല്ലൊരു വിവാഹം കഴിച്ചു കുടുംബമൊക്കെ ആയി ഒരു ദിവസം ഭാര്യ ഒന്ന് പറഞ്ഞു അത് ആ ഉമ്മർത്ത് ആരോ ഒരു ഭിക്ഷു വന്നിരിക്കണം ഉമ്മർത്ത് പോയി നോക്കുമ്പോ തന്റെ ഗുരുവാണ് വളരെ ബഹുമാനിച്ച അകത്ത് വിളിച്ചിരുത്തി ചോദിച്ചു എന്താ അങ്ങ് വന്നത് ചോദിച്ചു മറന്നേ പോയിരിക്കണം അപ്പൊ ചോദിച്ചു അപ്പൊ ഗുരു പറഞ്ഞു അപ്പാ ഞാൻ അന്നേ പറഞ്ഞുവല്ലോ പത്ത് വർഷം കഴിയുമ്പോ ഞാൻ വിളിക്കാൻ വരും എന്ന് പറഞ്ഞില്ലേ ആ ഞാൻ മറന്നുപോയി ഞാൻ ഇപ്പോഴേ കല്യാണം കഴിച്ചിട്ടുള്ളൂ സ്വാമി കുറച്ച് പണവും ഒക്കെ സമ്പാദിച്ച് ഇത്ര കാലം കഴിഞ്ഞ് ഇപ്പോഴേ കല്യാണം കഴിച്ചിട്ടുള്ളൂ അപ്പോഴേക്കും എന്നെ വിളിച്ചാൽ എങ്ങനെ ഈ വാസനയൊന്ന് പോയി കിട്ടണ്ടേ അതുകൊണ്ട് പത്ത് വർഷം കൂടെ എനിക്ക് സമയം തരണം എന്ന് പറഞ്ഞു ശരി ഒരു പത്ത് വർഷം കൂടെ അനുമതിച്ചിട്ട് ഗുരു പോയി അത് പറഞ്ഞല്ലോ ഗുരുവിനും ഭഗവാനും ഒരു വാക്കേ അറിയോളൂ ശരി അത് ശരി എന്ന് പറഞ്ഞിട്ട് പോയി നമ്മുടെ തിരുവണ്ണാമലയിലെ അടുത്ത കാലത്ത് യോഗി ഉണ്ടായിരുന്നു യോഗി രാംസൂരത് കുമാർ രാമനാമം ജപിച്ചുകൊണ്ട് പത്ത് നാൽപ്പത് വർഷം അരുണാചലേശ്വര ക്ഷേത്രത്തിലൊക്കെ അറിഞ്ഞു നടന്നിട്ടുണ്ട് അദ്ദേഹം എനിക്കും അദ്ദേഹത്തിന് കാണാനുമൊക്കെയുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹം മഹർഷിയുടെ അടുത്ത് നിന്ന് എന്താ പഠിച്ചതെന്ന് ചോദിച്ചു അദ്ദേഹത്തിനടുത്തോരിക്കാം രമണ മഹർഷിയുടെ അടുത്ത് നിന്ന് അദ്ദേഹം പറഞ്ഞു രമണ മഹർഷിയുടെ അടുത്ത് ലാസ്റ്റ് ഒരു ആഴ്ചയോ രണ്ടാഴ്ചയോ മറ്റേ താമസിക്കാൻ ഭാഗ്യം കിട്ടിയുള്ളൂ അപ്പോ മഹർഷിയുടെ അടുത്തു നിന്നാണ് ഞാൻ ആദ്യത്തെ തമിഴ് വാക്ക് പഠിച്ചത് അദ്ദേഹം ഒരു ദിവസം ധാരാളം പ്രാവശ്യം അത് ചൊല്ലും വേറെ അധികം ഒന്നും സംസാരിച്ചില്ലെങ്കിൽ ഈ വാക്ക് ഇടയ്ക്കിടയ്ക്ക് വരും എന്താ വാക്ക എന്ന് വെച്ചാൽ ശരി ആശ്രമത്തിലുള്ളവർ പലരും പലതും വന്ന് പറയേ പലതും ചെയ്യാമോ എന്ന് പറയും എല്ലാത്തിനും ശരി ശരി എന്ന് വെച്ചാൽ റൈറ്റ് റോങ് എന്നല്ല അക്സെപ്റ്റഡ് എന്നർത്ഥം അക്സെപ്റ്റഡ് പിന്നെ അത് പിന്നെ നമ്മളുടെ അടുത്തൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ശരി അതുപോലെ ഈ ഗുരു ശരി പറഞ്ഞിട്ട് പോയി പിന്നെ ഒരു പത്ത് വർഷം കഴിഞ്ഞിട്ട് വീണ്ടും വന്നപ്പോ ഒരു കുട്ടിയായിരിക്കണം കുട്ടിക്ക് ഒരു വയസ്സോ രണ്ട് വയസ്സോ ആയിരിക്കണം കുട്ടി ഓടി വന്ന് അച്ഛന്റെ അടുത്ത് പറഞ്ഞു ഇതാ ആരോ വന്നിരിക്കണം അപ്പൊ ഗുരുവാണ് അകത്ത് വിളിച്ചു ഗുരുവിനോട് പറഞ്ഞു ഇതാ ഇപ്പോഴേ കുട്ടി ജനിച്ച് രണ്ടു വയസ്സേ ആയിട്ടുള്ളൂ അതിനൊന്നും പഠിപ്പിച്ച് വലുതാക്കണ്ടേ ചുമതലയില്ലേ അതുകൊണ്ട് എനിക്കൊരു പത്ത് വർഷം കൂടി തരണം ശരി എന്ന് പറഞ്ഞ് ഗുരു പോയി പത്ത് വർഷം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ രണ്ടാമതും ഒന്നായിരിക്കണം അദ്ദേഹം പറഞ്ഞു ഭഗവാനെയ്ത രണ്ടാമതും ഒന്ന് വന്നിരിക്കണം ഞാൻ എന്ത് ചെയ്യും ഇതൊന്നും വളരണ്ടേ ഒരു പത്ത് വർഷം കൂടെ കഴിഞ്ഞു വരും ശരി കുറച്ചു കഴിഞ്ഞപ്പോ എന്താ ഒരാൾ വലുതായി ഒന്നാണോ ഒന്ന് പെണ്ണുമാണ് പെൺകുട്ടിയെ കല്യാണം കഴിച്ചു കൊടുക്കണം ഭാര്യയെ തനിച്ച് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ടൊരു പത്ത് ഇരുപത് വർഷം കൂടെ തരുമെന്ന് വന്നു ശരിയെന്ന് ഇങ്ങനെ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഗുരു വരുമ്പോ ഇദ്ദേഹത്തിന് വേഗം വാർദ്ധക്യവും വ്യാതിയും പിടിച്ച് കിടപ്പാണ് ഗുരുവിനോട് പറഞ്ഞു ഇനി ഞാൻ എന്തു ചെയ്യും ഈ അവസ്ഥയിൽ എങ്ങനെ വരും ശരി എന്ന് പറഞ്ഞ ഗുരു പോയി കുറച്ച് കഴിഞ്ഞ് കുറെ ദിവസം കഴിഞ്ഞ് വീണ്ടും വന്നു ആ വീട്ടിലേക്ക് വന്നപ്പോ മക്കളൊക്കെ വലിയ പ്രൗഢിയോടെ താമസിക്കുന്നുണ്ട് വലിയ ബംഗ്ലാവാണ് മക്കളോട് ചോദിച്ചു അച്ഛൻ എവിടെ ചോദിച്ചു അച്ഛൻ മരിച്ചിട്ട് രണ്ടു വർഷമായി പറഞ്ഞു നോക്കുമ്പോ അച്ഛൻ മരിച്ചിട്ടൊന്നുമില്ല അച്ഛനും ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്നറിയാം അദ്ദേഹത്തിന് നോക്കുമ്പോ അവിടെ കെട്ടിയിട്ടുണ്ട് നായ ഭാവുഭവം എന്ന് പറഞ്ഞിരിക്കണ്ട് ഗൃഹപാലൻ നായിക്ക് സംസ്കൃതത്തിലുള്ള ഒരു പേരാണ് ഗൃഹപാലൻ ഗ്രാമസിംഹം ഗൃഹപാലൻ എന്നൊക്കെ പേരുണ്ട് നായ്ക്ക് അപ്പൊ നായയായിട്ട് കുറച്ചുകൊണ്ടിരിക്കണം നായിയുടെ അടുത്തു പോയി കഷ്ടം നല്ല മനുഷ്യജന്മം കിട്ടി അറിയേണ്ടതൊക്കെ അറിഞ്ഞിട്ടും ഇങ്ങനെ വ്യർത്ഥമാക്കി കളഞ്ഞുവല്ലോ അല്ലേ ഇപ്പിതാ ഈ നായ ആയിട്ട് നിൽക്കേണ്ടി വന്നുവല്ലോ അല്ലെ വരൂ പോവാം മക്കളുടെ അടുത്ത് പറഞ്ഞ് തന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുപോവാം നല്ല കാര്യമായി ഞാൻ കെട്ടിയ വീടാത് എത്ര സമ്പാദിച്ചു വെച്ചിട്ടുണ്ടറിയോ ഇവിടെ നിന്ന് കുരച്ചിട്ടില്ലെങ്കിൽ എന്താവും കുരയ്ക്കാൻ ഞാനില്ലെങ്കിൽ ഇവിടെ എന്താവും പറഞ്ഞു അത്രേ ശരി വിട്ടിട്ട് പോയി അവസാന നായുടെ ശരീരവും വിട്ട് ഒരു പാമ്പായിട്ട് പണപ്പെട്ടിക്ക് ചുറ്റും വരിഞ്ഞു കിടന്നു അത്രേ ഉള്ളില് അപ്പോ ഗുരു വന്നിട്ട് മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിലെ അലമാറയുടെ ഉള്ളിൽ പണപ്പെട്ടിയെ വരിഞ്ഞുകൊണ്ട് ഒരു പാമ്പ് കിടക്കുന്നുണ്ട് അതിനെ എടുത്ത് നല്ല അടി കൊടുത്തിട്ട് പുറത്തിടും കൊല്ലാമ്പാടില്ലാ മക്കളെ അടിച്ച് പുറത്തെടുത്തിട്ടു അപ്പോ ആ പാമ്പിനെ എടുത്ത് തന്റെ തോളിൽ ഇട്ടുകൊണ്ട് ഈ ഗുരു പോയി അത്രേ ആ പാമ്പിന്റെ ശരീരത്തിലുള്ള ജീവൻ തായ്മാനസ്വാമികളുടെ ഒരു പാട്ടുണ്ട് ഇതേ അർത്ഥത്തിൽ ആ ജീവൻ പറഞ്ഞു എത്ര എത്ര ജന്മം ഞാൻ അവിദ്യ കൊണ്ട് ചുറ്റിത്തിരിഞ്ഞാലും അപാര കരുണയോടുകൂടെ വീണ്ടും വീണ്ടും വീണ്ടും വീണ്ടും എന്ന് രക്ഷിക്കാമെന്ന് അവസാനം കൈപിടിച്ചു ഉയർത്തുന്ന ഉദ്ധരിക്കുന്ന ആ മഹാതത്വം ഗുരുതത്വത്തിന് നമസ്കാരം അവിദ്യ കൊണ്ട് ഞാൻ വിനിയും പിന്നിയും വിനിയും വിനിയും ഒഴിവ് കഴിവ് പറഞ്ഞിട്ടും അതിനൊക്കെ തന്റെ കാരുണ്യം കൊണ്ട് തള്ളി മാറ്റി തന്നെ പിടിച്ച് ഉദ്ധരിച്ച ആ അപാര കരുണാരൂപമായിട്ടുള്ള ഗുരുതത്വം അതിന് നമസ്കാരം ഈ ജന്മം മുതൽ ജന്മം ജന്മത്തിൽ നിന്ന് ജന്മത്തിലേക്ക് ജീവൻ ചുറ്റുന്നു ആസാംസി ജീർണാ യഥാവിഹായ നവാനിഗൃതി നരോപരാണി തഥാശരീരാണി വിഹായ ജീർണാൻ അന്യാനി സംയാതി നവാനിദേഹിപ്പോ പ്രാരബ്ധത്തിനനുസരിച്ച് ജന്മത്തിൽ നിന്ന് ജന്മം ശരീരത്തിൽ നിന്ന് ശരീരം എടുത്തുകൊണ്ടേയിരിക്കും ശരീരം മരിക്കും എന്നല്ലാതെ ഉള്ളിലുള്ള ജീവൻ സ്പർശിക്കപ്പെടുന്നില്ല ശരീരത്തിനെ വാളുകൊണ്ട് വെട്ടിയാലും കത്തികൊണ്ട് കുത്തിയാലും ഒന്നും ജീവൻ സ്പർശിക്കപ്പെടുന്നില്ല ശസ്ത്രാണി നൈനം ദഹതി ശോഷയതി മാരുത ശ്രാണി നിന്ത ശസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ആയുധങ്ങൾ അർജുന ഒരാധത്തിനും ഈ ജീവനെ ആത്മാവിനെ സ്പർശിക്കാൻ കഴിയില്ല നൈനം ഛിന്ത ശസ്ത്രാണി ഹതി പാവക അഗ്നിക്ക് ഇവനെ ഹരിക്കാൻ കഴിയില്ല ന ചയേനം ക്ലേദയന് ആപോ ജലത്തിന് ഇവനെ നനയ്ക്കാൻ കഴിയില്ല ന ശോഷയ തീ മാരുത ശോഷിപ്പിക്കാൻ വറ്റിക്കാൻ കഴിയില്ല അടുത്ത ശ്ലോകം അച്ഛേദ്യോയമദാഹ്യോയം അക്ലേദ്യോശോഷ്യസ്ഥണു അചലോയം സിനതന അച്ഛേദ്യ അയം അയം എന്ന് വെച്ചാൽ ഇവൻ ഈ ആത്മാവ് അച്ഛേദ്യ ിക്കാൻ കഴിയാത്തവനാണ് അദാഹ്യ അയം ഇവൻ ദഹിപ്പിക്കാൻ കഴിയാത്തവനാണ് അക്ലേദ്യ അയം ഇവൻ നനയ്ക്കാൻ കഴിയാത്തവനാണ് അശോഷ്യ ഇവൻ ശോഷിപ്പിക്കാൻ കഴിയാത്തവനാണ് നിത്യ സദാ ഉള്ളവനാണ് സർവഗത എല്ലായിടത്തും എത്തിയിട്ടുള്ളവനാണ് നിറഞ്ഞിരിക്കുന്നവനാണ് സ്ഥാണു ചലിക്കാത്തവനാണ് അച്ചലഹ ണു എന്ന് വെച്ചാൽ ഉറപ്പുള്ളവനാണ് അചലഹ അ ചലിക്കാത്തവനാണ് സനാതനഹ ശാശ്വതമായവനാണ് നോക്കണം പരമകാരണമായ സത്യത്തിൽ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവണം എന്നാണ് നമ്മുടെ സ്വസ്വരൂപത്തിൽ ഈ ലക്ഷണങ്ങളൊക്കെ ഉണ്ടാവണം ഈ ലക്ഷണങ്ങളൊക്കെ ഉള്ളത് മാത്രമേ ബ്രഹ്മം എന്ന് പറയാനൊക്കെ ഉള്ളൂ എന്താ ലക്ഷണം ഇതൊക്കെ സ്വരൂപ ലക്ഷണമാണ് നിത്യഹ സർവഗത സ്ഥാണുഹു അച്ചലഹ സനാതന ധ്യാനിക്കം നിത്യഹ ആരാണ് നിത്യം ഞാൻ സർവഗത ആരാണ് സർവഗതൻ ഞാൻ സ്ഥാണു ഉറപ്പുള്ളത് ആരാണ് എന്റെ ഉള്ളിലുള്ള ഈ ബോധം പ്രജ്ഞ അച്ചലം ചലിക്കാതെ നിശ്ചലമായിട്ട് നിൽക്കുന്നു ആര് എന്റെ ഉള്ളിലുള്ള ഈ ബോധം സനാതനമായിട്ടാണ് ആര് ഈ ഉള്ളിലുള്ള പ്രജ്ഞ ഇതൊക്കെ ഈ പ്രജ്ഞയുടെ ലക്ഷണമാണ് പ്രജ്ഞാനത്തിന്റെ ലക്ഷണമാണ് നിത്യ സർവഗതാണുഹു അച്ചലോയം സനാതനഹാം ഇതെപ്പോഴും നിത്യം എന്ന് വെച്ചാൽ എവറി മൊമെന്റ് ഇറ്റ് ഈസ് ദേവ് കാലാതീതം അല്ലെ കാലം എന്ന് വെച്ചാൽ ആത്മാവിന്റെ സ്വരൂപമാണ് കാലം ടൈം എന്ന് പറയുന്നത് ആത്മാവിന്റെ ഒരു ഡയമെൻഷനാണ് ബാഹ്യ ഡയമെൻഷൻ ടൈമും ആന്തരിക ലക്ഷണം കോൺഷ്യസ്നസ്സുമാണ് ഇതൊക്കെ ഞാൻ പുതിയതായിട്ട് എന്തെങ്കിലും പറയണമെന്ന് വിചാരിക്കേണ്ട ഭാഗവതത്തിൽ ദശമസ്കന്ധം ആരംഭിക്കുമ്പോ പരീക്ഷിച്ച് ചോദിക്കുന്നു ശുഖബ്രഹ്മ മഹർഷിയോട് ഭഗവാനെ എനിക്ക് കൃഷ്ണനെക്കുറിച്ച് പറഞ്ഞു തരൂ കൃഷ്ണൻ എന്ന് ചോദിച്ചപ്പോ ഉള്ളിൽ ആത്മാവായും പുറമേക്ക് കാലമായും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാനെക്കുറിച്ച് പറഞ്ഞു തരൂ അന്തർബി പൂരുഷ കാലരൂപൈഹി പ്രയക്ഷത്തോ മൃത്യുമുതാമൃതം ചായാമനുഷ്യ വധസ്വ വിദ്വൻ അകത്തും പുറത്തും ആയിട്ട് നിറഞ്ഞു നിൽക്കും ഉള്ളിൽ പുരുഷനായിട്ടും പുറമേക്ക് കാലമായിട്ടും ഉള്ളിലേക്ക് തിരിഞ്ഞാൽ അമൃതം പുറമേക്ക് തിരിഞ്ഞാൽ മൃത്യു ഇത് രണ്ടും ഭഗവാന്റെ സ്വരൂപമാണ് പുറമേക്കാണോ മനസ്സ് പോണത് അനുക്ഷണം മൃത്യു അകമേക്കാണോ മനസ്സ് പോണത് അനുക്ഷണം അമൃതത്വാനുഭൂതി പ്രയച്ഛതവും മൃത്യും അമൃതം ചേർ പുറമേക്ക് തിരിഞ്ഞാൽ മൃത്യുവും അകമേക്ക് തിരിഞ്ഞോ അമൃതവും രണ്ടും ഭഗവാന്റെ സ്വരൂപമാണ് പക്ഷെ മൃത്യു വേണോ അമൃതത്വം വേണോ തീരുമാനിക്കണം മൃത്യുവാണോ വേണ്ടത് പുറത്തേക്ക് നോക്കിക്കൊണ്ടേ നടക്കാം അമൃതാനുഭവമാണോ വേണ്ടത് അകത്തേക്ക് തിരിഞ്ഞു നോക്കണം രണ്ടും ഭഗവാന്റെയാണ് ഭഗവാൻ ആരാണ് കാലപുരുഷൻ കാലോസ്മി കാലം എന്ന് വെച്ചാൽ എന്താ ാത്ത ചോദ്യമാണ് അല്ലെ കാലം ടൈം എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ പറയും നമുക്ക് വാച്ചിലെ ടൈമേ അറിയുള്ളൂ പകല് രാത്രി ടൈം ആയിട്ട് പറഞ്ഞാൽ സൂര്യനിലെ എന്ത് കാലം അപ്പൊ കാലം എന്നുള്ളത് എന്താണ് കാലഗണന എങ്ങനെ ചെയ്യും ടൈമിനെ എങ്ങനെ ഗണിക്കും വേദാന്തികൾ പറയണത് ബോധത്തിൽ ചിത്തവൃത്തി ഉദിക്കുമ്പോൾ കാലം ഉണ്ടാവണോന്ന് പറഞ്ഞു അല്ലെങ്കിൽ കാലമില്ല നമ്മളുടെ അനുഭവം ഉറക്കത്തിൽ ടൈം ആർക്കും അറിയണില്ല അല്ലെ നല്ല ക്ഷീണിച്ചിട്ട് കിടന്നു കിടക്കുമ്പോഴേക്കും അലാറം അടിച്ചു അലാർ വാച്ച് അടിച്ചു നോക്കുമ്പോ ആറുമണി രാവിലെ ഞാൻ ഇപ്പോഴല്ലേ കിടന്നുള്ളൂ അപ്പോഴേക്കും ഈ ടൈം ഇത്ര നേരം എവിടെ പോയി അറിഞ്ഞില്ല ടൈമൊക്കെ പോയി െ ടൈമിനെയും സ്പേസും ഒക്കെ ടൈമും സ്പേസും ഒക്കെ ഒഴുങ്ങിക്കളഞ്ഞു ടൈമൊന്നും അറിഞ്ഞില്ല നമുക്ക് ആർക്കും മനസ്സുദിക്കുമ്പോ ടൈം ഉദിച്ചു രസിച്ചിരിക്കുമ്പോ ടൈം അറിയില്ല ടൈമില്ല ബോർ അടിച്ചാലോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് വാച്ച് നോക്കും അപ്പൊ ടൈം അറിയും ഈശ്വരാനുഭൂതിയിൽ അനേക സഹസ്ര വർഷങ്ങൾ അറിയാതെ പോകും ആത്മോപദേശ ശതകത്തില് ഒരു പാട്ട് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു പതിനായിരം ആണ്ടൊരു അൽപനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി ആയിരം ആണ്ടുപോലെ തോന്നും പരയുടെ പാല് നുകർന്ന ഭാഗ്യവാൻമാർക്ക് പര എന്ന് വെച്ചാൽ പരമാനന്ദ രസം ആ പരമാനന്ദ രസാനുഭൂതി നുകർന്നവർക്ക് പതിനായിരം ആണ്ടൊരു അൽപ്പനേരം പതിനായിരക്കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞൊടുക്കുമ്പോഴേക്കും പോകുന്നതാണ് കൃതിക്കധീനമായാൽ അറിവ് എന്ന് വെച്ചാൽ ബുദ്ധി ജഡത്തിന്റെ പിടിയിലകപ്പെട്ടാൽ മാറ്ററിന്റെ പിടിയിലകപ്പെട്ടാൽ അര നോടി ആയിരം ആണ്ടുപോലെ തോന്നും ഒരു അരക്ഷണം ബോറടിക്കണോ ബോറടിക്കണോ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വി ആർ കോട്ട് ഇൻ ദ നെറ്റ് ഓഫ് ടൈം ആൻഡ് സ്പേസ് അപ്പോ നിത്യം എന്ന് വെച്ചാൽ അതിന് ഡെഫനിഷൻ എന്താ ഞാൻ പറഞ്ഞു കാലം ഭഗവാന്റെ സ്വരൂപമാണ് കാലം എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ കാലമുണ്ട് ഗംഭീരമായ ഒരു അനാലിസിസ് ആണ് നോക്കിക്കോളൂ നമുക്ക് കാലം എന്തൊക്കെ ഉണ്ട് എന്തൊക്കെ കാലമുണ്ട് ഏ ഉം ഉം ഭൂതകാലം ഭാവി കാലം വർത്തമാന മൂന്ന് കാലമാണ് നമുക്കുള്ളത് അല്ലേ നമ്മളുടെ അനുഭവത്തിൽ പഴയ കാലത്തില് എന്ന് പറയും അല്ലേ എന്തിനെടുത്താലും ഞങ്ങളുടെ സമയത്ത് പണ്ടുകാലത്ത് നമ്മൾ തുടങ്ങും പഴയ കാലത്ത് ഇനി വരാൻ പോണ കാലത്തിനെ കുറിച്ച് ചർച്ച ചെയ്യും ഭൂതകാലം വർത്തമാന കാലം ഭാവി കാലം എന്ന് നമ്മൾ പറയണം ഇപ്പോ ഒരു ചോദ്യം ചോദിക്കാം വർത്തമാന കാലത്തിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അതായത് വർത്തമാനം പ്രസന്റ് മൊമെന്റ് ഈ ക്ഷണം എന്ന് പറയണത് കൈഞ്ഞൊടുക്കുമ്പോഴേക്കും പോകും അല്ലെങ്കിൽ കഴിഞ്ഞു മനസ്സിന് വർത്തമാന കാലത്തിനെ സ്പർശിക്കാൻ പറ്റില്ല ആലോചിച്ച് നോക്കുക മനസ്സുകൊണ്ട് തൊടുമ്പോഴേക്കും അത് ഭൂതകാലമായി കഴിഞ്ഞു അല്ലെ മനസ്സുകൊണ്ട് ഭാവന ചെയ്യുമ്പോഴേക്കും ഭൂതകാലമായി കഴിഞ്ഞു ഉം മനസ്സിനെ ഭൂതകാലത്തിനെ ഭാവന ചെയ്യാൻ പറ്റുള്ളൂ ഭാവി ഭാവന ചെയ്യാം ഭൂതകാലത്തിനെ ഓർക്കുന്നു ഭാവി ഭാവന ചെയ്യണു ഇതാണ് നമ്മളിപ്പോ നമ്മളുടെ പ്രമാകരണമായ മനസ്സ് ചെയ്യണത് എന്താണ് ഭൂതകാലത്തിനെ ഓർക്കണു ഭാവി കാലത്തിനെ ഭാവന ചെയ്യണോ അല്ലേ നോക്കണം നമ്മളുടെ അനുഭവത്തിനാണ് പറയണത് ഏഹ് അപ്പൊ നമ്മളുടെ മനസ്സിൽ മൊത്തത്തിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളും വരാൻ പോണതിനെ കുറിച്ചുള്ള ചിഹ്നമാണ് ഉള്ളത് വർത്തമാന കാലം എന്നുള്ളത് മനസ്സുകൊണ്ട് അറിയപ്പെടുന്നതേ ഇല്ല മനസ്സുകൊണ്ട് അറിയപ്പെടാത്തത് കൊണ്ട് നമ്മൾ ഈശ്വരനെ നിഷേധിക്കുന്നു ആത്മാവിനെ നിഷേധിക്കുന്നു ഒക്കെ നിഷേധിക്കുന്നു അതേ ലോജിക്ക് വെച്ചുകൊണ്ട് നമ്മൾ പറയാം ഭൂതകാലം എന്റെ മനസ്സിൽ അറിയണു ഭാവി കാലവും എന്റെ മനസ്സിൽ ഭാവന ചെയ്യാൻ പറ്റുന്നു വർത്തമാനകാലം മനസ്സുകൊണ്ട് തൊടാൻ പറ്റണില്ല അതുകൊണ്ട് വർത്തമാനകാലം ഇല്ല എന്ന് പറഞ്ഞാലോ വർത്തമാനകാലമേ ഇല്ല ഭൂതകാലവും ഭാവി കാലമേ ഉള്ളൂ എന്റെ മനസ്സിനൊന്നു തൊടാൻ പറ്റണില്ല അങ്ങനെ തീരുമാനിച്ചോളൂ നമ്മൾ കുറെ പേരുണ്ട് എല്ലാവർക്കും കൂടെ അങ്ങനെ തീരുമാനിക്കാം എന്താ ഭൂതകാലവും ഇപ്പൊ നമ്മുടെ നാട്ടിൽ അങ്ങനെയാണ് പരിപാടിയെ എന്താ അസംബന്ധമായാലും കുറച്ചുപേരും കൂടെ തീരുമാനിച്ചാൽ മതി കഴിഞ്ഞുപോയ കാലവും വരാൻ പോണ കാലവും മാത്രമേ മനസ്സുകൊണ്ട് അറിയുന്നുള്ളൂ വർത്തമാനത്തിന് തൊടുമ്പോഴേക്കും അത് ഭൂതകാലമാവണു അപ്പോ കഴിഞ്ഞുപോയ കാലവും വരാൻ പോണ കാലവും മാത്രമേ ഉള്ളൂ വർത്തമാന കാലം ഇല്ലാന്ന് തീരുമാനിച്ചാലോ പറ്റുവോ നമുക്കറിയാം അതെ എവിടെയോ ഫ്ലോ ഉണ്ട് എന്നാ മൂന്ന് കാലവും ഉണ്ട് എന്നാണോ ഇപ്പൊ തീരുമാനം ഏ എന്നാ പറയുന്നു കാലം എന്നു ഒരേ ഒരു കാലമേ ഉള്ളൂ ഭൂതകാലം ഭാവി കാലം വർത്തമാനകാലം എന്നൊക്കെ വ്യാകരണത്തിലെ പ്രയോജനപ്പെടുകയുള്ളൂ അനുഭവത്തിൽ ഒരേ ഒരു കാലമേ ഉള്ളൂ വർത്തമാനകാലം അനുഭവത്തിനെ മനസ്സുകൊണ്ട് സ്പർശിക്കാൻ പറ്റില്ല ഏറ്റവും നല്ല തെളിവാണ് വർത്തമാനത്തിനെ മനസ്സിന് ഭാവന ചെയ്യാൻ പറ്റാത്തത് മനസ്സ് തൊടുമ്പോഴേക്കും കഴിഞ്ഞു പോണൂ അനുഭവം എന്നുള്ളത് വർത്തമാനകാലം ആണ് ഭൂതകാലം ആരും അനുഭവിക്കണില്ല എനിക്കിപ്പോ മുപ്പത് വയസ്സായി എന്ന് വെച്ചാൽ ഈ മുപ്പത് വയസ്സ് എന്റെ അനുഭവത്തിലൊന്നുമില്ല മെമ്മറിയിലേ ഉള്ളൂ അനുഭവത്തിൽ ഇതാ ഇപ്പോഴത്തെ മൊമെന്റേ ഉള്ളൂ ഈ മുപ്പത് വർഷം എന്ന് പറയുന്നത് വെറും ഭാവന മെമ്മറിയിലേ ഉള്ളൂ അതിൽ പലതും മെമ്മറിയിലില്ല കുറച്ചുകൊണ്ട് അത്രയേ ഉള്ളൂ ഭാവിയും എന്റെ അനുഭവത്തിലൊന്നുമില്ല വെറും മനസ്സിന്റെ ഭാവനയിലേ ഉള്ളൂ അത് വരാൻ വരാതിരിക്കാം അനുഭവത്തിലുള്ളത് ദാ ഈ ക്ഷണം മാത്രം അല്ലേ നോക്കണം എത്ര ഗംഭീരമായ തത്വം ഭൂതകാലം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് റെക്കോർഡ് പ്രസന്റ് ഭാവി കാലം എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഇമാജിനറി പ്രസന്റ് റെക്കോർഡ് ചെയ്ത പ്രസന്റ് മൂമെന്റ് ആണ് ഭൂതകാലം ഭാവന ചെയ്യുന്ന പ്രസന്റ് മൊമെന്റ് ആണ് ഭാവി കാലം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ അനുഭവത്തിൽ അനുസ്യൂതം ഒഴുകുന്ന ഒരു വർത്തമാനകാലം മാത്രമേ ഉള്ളൂ ആ വർത്തമാനകാലമാണ് സമാധി ആ വർത്തമാനകാലമാണ് ആത്മാ ആ വർത്തമാനകാലമാണ് ബോധം വാസിഷ്ടത്തിൽ രാമൻ പറയുന്നു രാമനോട് വശിഷ്ഠൻ പറയുന്നു വർത്തമാനം അനായാസം ഭജത് ബാഹ്യധിയാക്ഷണം ഭൂതം ഭവിഷ്യത് അഭജത് യാതി ചിത്തം അചിത്തതാം ഹേ രാമ വർത്തമാനത്തിനെ സദാ ശ്രദ്ധിച്ചുകൊണ്ട് ഭൂതത്തിലേക്കും ഭാവിയിലേക്കും മനസ്സിനെ പോകാൻ അനുവദിക്കാതെ പിടിച്ചുകൊണ്ടിരുന്നാൽ ചിത്തം അചിത്തമായിട്ട് പോകും ഈ വർത്തമാനകാലം എന്ന് പറയുന്നത് മനസ്സിന് അഗ്നി പോലെയാണ് മനസ്സതിൽ നിൽക്കില്ല നിൽക്കുമ്പോഴേക്കും മനസ്സ് ഭസ്മമാവും വർത്തമാനത്തിൽ നിൽക്കണമെങ്കിൽ മനസ്സിന് സാധ്യമല്ല മനസ്സിന്റെ വാസനകളൊക്കെ കത്തിപ്പോകും വർത്തമാനത്തിൽ നിന്നാൽ അതിന് ഭൂതവും ഭാവിയും വെച്ചുകൊണ്ടാണ് ഈ മനസ്സ് നിൽക്കുന്നത് ഭൂതം ഭാവിച്ച ദുഷ്കൃതം പ്രതഹതാ സംവിന്മയെ പാവകേ ഈ സംവിത് സ്വരൂപമായ അഗ്നിയില് ഭൂതത്തിനെയും ഭാവിയെയും എരിക്കണമെന്നാണ് ആചാര്യസ്വാമികൾ പറയണത് ഈ സംവിന്മയമായ അഗ്നി എന്താണ് വർത്തമാനകാലാനുഭവം ഇപ്പോ ഉണ്ട് ഈ ക്ഷണം ക്ഷണം ക്ഷണം ഓരോ ക്ഷണം പ്രതിബോധവിദിത്തം ഓരോ ബോധത്തിലും ഉള്ളത് വർത്തമാനാനുഭവം ഭൂതവും ഭാവിയും വെറും മാനസികാനുഭവം ഭൂതവും ഭാവിയും ഉണ്മയല്ല ഭൂതവും ഭാവിയും വെറും മാനസികാനുഭവം ചിലരിലൊക്കെ മറഞ്ഞേ പോവും ചിലർക്ക് മെമ്മറിയൊക്കെ അങ്ങനെ പോവും ചില സൂക്കേടുകളൊക്കെ ഉണ്ട് ആ സൂക്കേടുകൾ വന്നാൽ ഇടയിലുള്ള പത്തിരുപത് വർഷം പോയി പോകും ഓർമ്മയല്ല അങ്ങനെ കേസുകളൊക്കെ കണ്ടിട്ടുണ്ട് ചിലർക്ക് ഏഴെട്ട് കുട്ടികളുണ്ട് അവരുടെ കുട്ടികൾ എത്ര ഓർമ്മയില്ല ആരൊക്കെയാ കുട്ടികൾ ഒന്നും ഓർമ്മയില്ല ഒക്കെ മറന്നുപോണു ഓർമ്മകളൊക്കെ ബ്ലാങ്കായിട്ട് പോണു കാലമേ ഇല്ല ആ സമയം പോയി പോകുന്നവർക്ക് വെറും കമ്പ്യൂട്ടർ പോലെ ഉള്ള ഒരു ഉള്ളിലൊരു സാധനം അതിനനുഭൂതിയൊന്നുമില്ല ഭാവി ഭൂതത്തിനും ഭാവിക്കും അനുഭൂതി ഉള്ളത് വർത്തമാനത്തിൽ മാത്രം സദാ വർത്തമാനകാല സ്വരൂപമായ ആത്മാവിന്റെ ലക്ഷണമാണ് നിത്യഹ എന്ന് ഭഗവാൻ പറഞ്ഞത് ഇനി ദേശങ്ങളും ഒരു സ്ഥലത്ത് തന്നെ ഉണ്ട് അതാണ് സർവഗതഹ എന്ന് പറഞ്ഞത് ദേശവും കാലവും എന്നിലാണ് ഇരിക്കുന്നത് ഞാൻ ദേശകാലത്തിലല്ല ദേശവും കാലവും ഞാൻ ആകുന്ന ബോധത്തിൽ നിൽക്കുന്നു അല്ലാതെ ഞാൻ ദേശകാലങ്ങൾക്കുള്ളിൽ പെട്ടവനല്ല മനസ് ദേശവും കാലവും പൊന്തുന്നു മനസ്സ് ലയിക്കുമ്പോ ദേശവും കാലവും ലയിച്ചു പോകുന്നു എവിടെ കിടക്കണമെന്ന് എറണാകുളത്തിലുള്ള ഉറക്കവും പാലക്കാടുള്ള ഉറക്കവും അമേരിക്കയിലുള്ള ഉറക്കവും ഒക്കെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഉറക്കം ഒരുപോലെ തന്നെ മനസ്സുദിക്കുമ്പോഴാണ് എവിടെ ഉറങ്ങുന്നത് വ്യത്യാസമൊക്കെ അറിയണത് അല്ലേ അപ്പോ മനസ്സാണ് ദേശം കാലം രണ്ടിനും ഉണ്ടാക്കണത് മനസ്സ് ലയിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല രമണ മഹർഷിയോട് പലരും ചോദിച്ചിട്ടുണ്ട് എന്താ ഭഗവാനെ അമേരിക്കയിലേക്കൊന്നും വരാത്തത് ചോദിച്ചു ഒരു അമേരിക്കക്കാരൻ മഹർഷി ചോദിച്ചു അമേരിക്ക എവിടെയാ അമേരിക്കയും എല്ലാ ദേശവും ഇവിടെ ഉണ്ട് എന്നാണ് ഈ സത്യം അറിഞ്ഞ ആള് എവിടെ പോയാലും ഇവിടെയാണ് ഇരിക്കുന്നത് എല്ലാ കാലവും അയാൾക്ക് വർത്തമാനകാലമാണ് എല്ലാ ദേശവും അയാൾക്ക് ഒരേ ദേശമാണ് ദേശകാലങ്ങളൊന്നും നമ്മളുടെ ഉള്ളിൽ ഒരു മാറ്റവും വരുത്തണമില്ല വെറുതെ ശരീരം ചലിക്കണു അത്രയുള്ളൂ അപ്പോ നിത്യ സർവകഥ സ്ഥാണു നല്ല ഉറപ്പുള്ളവൻ ആത്മാവിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ ശിവന് ഒരു പേരാണ് സ്ഥാണു സ്ഥാണു എന്ന് വെച്ചാൽ തൂണെന്നു അർത്ഥമുണ്ട് തൂണിനെ പിടിച്ചുകൊണ്ട് കുട്ടികൾ കളിക്കും ചുറ്റി ചുറ്റി ചുറ്റി കളിക്കും തൂണ് പിടിക്കാതെ കളിച്ചാൽ വീഴും ചുറ്റിയാ വീഴും അതുപോലെ ഉള്ളിലുള്ള തൂണാണ് ആത്മാ ബോധത്തിന്റെ തൂണ് ആ തൂണിനെ പിടിച്ച് ലോകത്തിൽ എത്ര വേണമെങ്കിൽ ചുറ്റാം ഒന്നും വിഷമല്ല സർവഗതഹാ സ്ഥാണു എവിടെ പോയാലും കാണപ്പെടുന്നത് സർവഗതൻ പ്രഹ്ലാദൻ അതാണ് എവിടെ നോക്കിയാലും വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞത് അച്ചലഹ ചലിക്കാത്തത് സനാതനഹ എപ്പോഴും ഉള്ളത് അതിനെ വെട്ടാനും മുറിക്കാനും കൊല്ലാനും ഒന്നും പറ്റില്ല ഈ ആത്മാവിന്റെ സ്വരൂപം അറിഞ്ഞതായതുകൊണ്ട് പ്രഹ്ലാദനെ എന്തൊക്കെ ചെയ്തിട്ടും ഒന്നും ബാധിച്ചില്ല യാതൊന്നും പ്രഹ്ലാദനെ ബാധിച്ചില്ല അലക്സാണ്ടർ ചക്രവർത്തി ഇന്ത്യയിലേക്ക് വരുമ്പോ അലക്സാണ്ടറുടെ ഗുരു അരിസ്റ്റോട്ടിൽ അരിസ്റ്റോട്ടലിനെ കാണാൻ പോയി അപ്പൊ അരിസ്റ്റോട്ടിൽ പറഞ്ഞു അത്രേ ഇന്ത്യയിൽ ധാരാളം മഹാത്മാക്കളുണ്ട് ജ്ഞാനികളുണ്ട് അവരിൽ ആരെങ്കിലും ഒക്കെ പിടിച്ചുകൊണ്ടുവരണം എന്ന് പറഞ്ഞു അത്രയും ഗ്രീക്കിലേക്ക് വരുമ്പോ കൂട്ടിക്കൊണ്ടുവരണം നമ്മുടെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം അലക്സാണ്ടർ ഇവിടെ ഒരുപാട് പേരെ കണ്ടു അങ്ങനെ ഗംഗാതീരത്തിൽ വെച്ച് ഒരു അവധൂതനെ കണ്ടു അദ്ദേഹം ഇങ്ങനെ സുഖമായിട്ട് തലയിൽ കൈവെച്ച് കിടക്കണോ അപ്പൊ അലക്സാണ്ടർ തന്റെ അദ്ദേഹത്തിനോട് വളരെ ഇഷ്ടം തോന്നി തന്റെ മന്ത്രിയോട് പറഞ്ഞയച്ചു അദ്ദേഹത്തിന് കൂട്ടിക്കൊണ്ടുവരും അലക്സാണ്ടർക്ക് നല്ല ബഹുമാനം ഉണ്ടായിരുന്നു ഇവരോടൊക്കെ ഈ മന്ത്രി ഉണ്ടല്ലോ അവരൊക്കെ ഈ എന്താ ലൗകികത്തിൽ മാത്രം വളർന്നവരല്ലേ അയാൾ നേരെ ചെന്ന് പറഞ്ഞു നിങ്ങളെ അലക്സാണ്ടർ ചക്രവർത്തി വിളിക്കണമെന്ന് അദ്ദേഹം അനങ്ങിയതേ ഇല്ല മിണ്ടിയതേ ഇല്ല ചലിച്ചതേ ഇല്ല സ്ഥാണു അദ്ദേഹം പറഞ്ഞു ഓയ് നിങ്ങൾക്കറിയോ ലോകം മുഴുവൻ കീഴടക്കാൻ പുറപ്പെട്ട ചക്രവർത്തി നിങ്ങളെ വിളിക്കണോ അപ്പോഴും ചലിച്ചില്ല മിണ്ടിയില്ല ഈ മന്ത്രിക്ക് ദേഷ്യം ബന്ധു പക്ഷെ അലക്സാണ്ടർ വളരെ ബഹുമാനിക്കുന്നത് കൊണ്ട് ഇദ്ദേഹം അലക്സാണ്ടറോട് പോയി പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് അദ്ദേഹം ചലിക്കുന്നില്ല അപ്പൊ അലക്സാണ്ടർ തന്നെ വന്നു വന്നിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞു അങ്ങയുടെ മഹത്വം ഞാൻ വളരെയധികം കണ്ടു മനസ്സിലാക്കി അങ്ങക്ക് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു സൂര്യ വിളിച്ചം എന്റെ മേലെ വീഴാതിരിക്കാൻ തടസ്സം ചെയ്തുകൊണ്ട് നിൽക്കുന്നു മാറി നിന്നാ വേറെ ഒന്നും ചെയ്യാനില്ല ഒന്ന് മാറി നിന്നാ അല്ല അങ്ങ് ഞങ്ങളുടെ കൂടെ ഗ്രീസിലേക്ക് വരണം എന്ന് പറഞ്ഞു സകല ദേശവും കാലവും എന്നിലാണ് ഇരിക്കുന്നത് ഞാൻ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കണു ഇനി എവിടെ പോവാൻ എവിടെ വരാൻ എന്ന് ചോദിച്ചു ഇത്രയൊക്കെ ഞാൻ ഇനി എവിടെ പോകും എവിടെ വരും പോക്കും വരവുമൊന്നുമില്ല എത്ര പറഞ്ഞിട്ടും ചലിച്ചില്ല കോപം വന്നിട്ട് ഞാൻ അങ്ങ് വെട്ടിയാലോ അലക്സാണ്ടർ കുറച്ചൊരു ബഹുമാനത്തോടെയാണെങ്കിലും അദ്ദേഹത്തിനൊന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാ ചോദിച്ചത് വാളെടുത്ത് ഞാൻ അങ്ങേ വെട്ടിയാലോ എന്ന് ചോദിച്ചു ചിരി ചോറൊക്കെ ചിരിച്ചു എത്രയും അദ്ദേഹത്തിന്റെ ചിരിയിൽ തന്നെ അലക്സാണ്ടർ കയ്യിലുള്ള വാളു ചോട്ടൽ വീണുപോയി എന്നാണ് അലക്സാണ്ടറോട് പറഞ്ഞു എത്ര ഇത്രയും വലിയൊരു കള്ളം അങ്ങയ്ക്ക് പറയാനേ പറ്റില്ല കാരണം അച്ഛേദ്യോയം അദാഹ്യോയം അക്ളേദ്യോ അശോഷ്യയേ വച നിത്യസർവതസ്ഥാണുഹു അചലോയം സനാതനഹ എന്നെ ഛേദിക്കാൻ പറ്റില്ല വാളുകൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ അങ്ങേക്ക് സാധ്യമല്ല ഞാൻ ഈ ജഡമായ ശരീരമല്ല അലക്സാണ്ടർ വളരെ ബഹുമാനത്തോടുകൂടെ നമസ്കരിച്ചിട്ട് പോയി എന്നും അലക്സാണ്ടറോട് അദ്ദേഹം പറഞ്ഞു അത്രേ താൻ വിഡിയാണ് ലോകം പിടിച്ചടക്കാൻ പോകുന്നു പുറത്ത് വസ്തുക്കളെ പിടിച്ചടക്കാൻ ശ്രമിക്കുന്നവരൊക്കെ സ്വയം അടിമകളാകും രാമതീർത്ഥസ്വാമികൾ അമേരിക്കൻ പ്രസിഡന്റ് റൂസ്വേൾട്ടിനോട് പറഞ്ഞു റൂസുവേൾട്ടും രാമതീർത്ഥനും കൂടെ കണ്ടെത്തിയപ്പോ രാമതീർത്തൻ തന്നെ കുറിച്ച് പറയുമ്പോ അല്ലെങ്കിൽ സാധാരണ അദ്ദേഹം ഞാൻ പറയില്ല രാമാ രാമാ എന്നേ പറയുള്ളൂ തന്നെ കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് റൂസ് വേൾട്ടിനോട് സംസാരിക്കുമ്പോ രാമതീർത്തൻ തന്നെ കുറിച്ച് എംപറർ റാമ എന്ന് പറയൂ അത്രയും അദ്ദേഹത്തിന് മുമ്പ് വെച്ച അപ്പോ റൂസ് വേൾട്ട് ചോദിച്ചു സ്വാമി അങ്ങേ ഒരു രാജ്യവും ഭരിക്കണില്ലല്ലോ പിന്നെ എന്തിനാ ഈ വെറുതെ എംപറർ റാമ എംപറാമ ചക്രവർത്തി രാമതീർത്തൻ എന്നാണ് തന്നെ കുറിച്ച് പറയണത് എന്തിനാ ഈ ചക്രവർത്തി എന്ന് സ്വയം വിശേഷിപ്പിക്കണമെന്ന് ചോദിച്ചു രാമതീർത്ഥം പറഞ്ഞു എനിക്കൊരു രാജ്യവും ഭരിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ ആരെയും ഭരിക്കാത്തതുകൊണ്ട് ഞാൻ സ്വതന്ത്രനാണ് അതുകൊണ്ട് പ്രപഞ്ചം മുഴുവൻ എന്റെ സാമ്രാജ്യമാണ് സൂര്യചന്ദ്രാദി നക്ഷത്രങ്ങളൊക്കെ എന്റെ മുമ്പിൽ നർത്തനം ചെയ്യുന്നവരാണ് അവർക്കൊക്കെ ഞാൻ ചക്രവർത്തിയാണ് എനിക്ക് യാതോ ഒരു ആഗ്രഹവും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്വതന്ത്രനും പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയുമാണ് അങ്ങ് വർഷത്തിൽ ഇത് പോകുമല്ലോ എന്നുള്ള പേടിയുണ്ട് ഇപ്പോഴും അനേക വിഷയങ്ങളെ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നു you are possessed by your possessions angeya no. parigraham ange pidichirikeya chelarokku <laughs> raavile roadlu nayine pidichondu nadakagondirundo trouser ittitte vere oru paniy illathathond raavile enittal nayine pidichondu nadakum avaru vicharichiriknu avaru nayine pidichiriknu nanna vastavathil avaru nayine illa pidichiriknadu naayaana avare pidichiriknadu endha ariyyo naayi swatantramana adini ivrida koda ponannu nilliyevitta adu vaatlu pogu പക്ഷെ ഇവർക്ക് വിടാൻ പറ്റുമോ ഇവർക്ക് വിടാൻ പറ്റുവോ ഇവർ വിട്ടാ അതിന്റെ പുറകെ ഓടേണ്ടി വരും എന്താന്ന് വെച്ചാൽ നായ്ക്ക് യാതൊരു ആഗ്രഹമില്ലാത്തത് കൊണ്ട് അത് സ്വതന്ത്രമാണ് പിടിവിട്ട അത് പോകും പക്ഷേ ഇവർക്ക് വിടാൻ പറ്റില്ലേ അപ്പൊ വാസ്തവത്തിൽ നായാണോ അവരെ പിടിച്ചിരിക്കണത് അവരാണോ നായ പിടിച്ചിരിക്കുന്നത് നായാണോ അവരെ പിടിച്ചിരിക്കുന്നത് അവർക്ക് സ്വതന്ത്രമായിട്ട് സഞ്ചരിക്കാൻ പറ്റില്ല അതിന് വിട്ടിട്ട് അതുകൊണ്ട് പരിഗ്രഹോഹി ദുഃഖായി അപ്പോ അലക്സാണ്ടറോട് പറഞ്ഞു അത്രേ ഈ യോഗി അങ്ങ് രാജ്യം പിടിച്ചടക്കാൻ ശ്രമിക്കണു ഇതുകൊണ്ട് അങ്ങ് തന്നെ സ്വയം അടിമയായിട്ട് തീരും അങ്ങ് പിടിച്ചടക്കിയ ഒരു സ്ഥലവും അങ്ങയുടെ കയ്യിൽ നിൽക്കില്ല ഒക്കെ വിട്ടുപോകുന്നു പറഞ്ഞത് അതേപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പോകുമ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന് വാർത്ത അദ്ദേഹം പിടിച്ചടക്കി എന്ന് ധരിച്ച പല സ്ഥലങ്ങളും സ്വതന്ത്രമായി കഴിഞ്ഞു അവരൊക്കെ വീണ്ടും സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞു അദ്ദേഹം നേടിയതൊക്കെ വെറുതെയാണ് കുറെ ക്ഷീണിച്ചു ശരീരം തളർന്നു തന്റെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ തന്നെ ഇദ്ദേഹത്തിന് കൊല്ലാൻ എന്താ വഴിയും ചിന്തിച്ചു തുടങ്ങി ഒക്കെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു തുടങ്ങി വിഷമിച്ചു തനിക്ക് പറ്റിയ അബദ്ധം മനസ്സിലാക്കി കുറെ അറിവോടുകൂടിയാണ് ഇവിടുന്ന് തിരിച്ചുപോയത് അതിനുശേഷം അത്ര തിരിച്ചുപോയത് ഈ യോഗിയെ കണ്ട ശേഷം അതോടെ യുദ്ധമൊക്കെ മതിയാക്കി ലോകം പിടിച്ചടക്കലൊക്കെ നിർത്തിയിട്ട് പോണ വഴിയിലാണ് ഞാൻ പറഞ്ഞു തോന്നുന്നു മരിക്കുമ്പോ ഇങ്ങനെ വരണു പോകുമ്പോ കൈ വിരിച്ചു വെച്ചിട്ട് എന്റെ ശവം കൊണ്ടുപോണം എന്നാണ് എല്ലാരും കാണട്ടെ രോഗം പിടിച്ചടക്കാൻ പോയ ഞാൻ എന്തായി എന്നുള്ളത് അപ്പോ അച്ഛേദ്യോയം ഈ യോഗി പറഞ്ഞു അലക്സാണ്ടറോട് എന്നെ ഛേദിക്കാനങ്ങ കഴിയില്ല ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ആത്മാവാണ് ഈ ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് എന്തു ധൈര്യം വിവേകാനന്ദ സ്വാമികൾ മദ്രാസ് പ്രസംഗത്തില് അദ്ദേഹത്തിന്റെ മദ്രാസ് പ്രസംഗം വളരെ പ്രസിദ്ധമാണ് എന്താന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ കിട്ടുന്നതിന് മുമ്പാണല്ലോ ഈ സ്വാതന്ത്ര്യത്തിനെ കുറിച്ചും ഇന്ത്യക്കാർ ചിന്തിച്ചിട്ടേ ഇല്ല ആ സമയത്തുള്ള പ്രസംഗമാണ് അദ്ദേഹം ആ പ്രസംഗം കേട്ടാൽ റോമറോള പറയും അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയിൽ പറയും ശത്തുപോയ ശവം പോലും എഴുന്നേറ്റ് നിൽക്കും എന്നാണ് ശക്തിയുള്ള പ്രസംഗം ഈ മഡ്രാസ് പ്രസംഗത്തിൽ വിവേകാനന്ദ പറയുന്നു ഇവിടെ പെരുമ്പറയൊന്നുമില്ല എന്നാണ് എഴുന്നേൽക്ക ലളിതഗാനങ്ങൾ പാടി മൃദുവായ വാദ്യങ്ങൾ ഘോഷിച്ച് ഇന്ത്യ ഇന്ത്യക്കാർ മുഴുവൻ പെണ്ണങ്ങളായി പോയിരിക്കണം എഴുന്നേക്കാം യുദ്ധ കാഹളം മുഴങ്ങട്ടെ എന്ന് ഒരിടത്ത് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് ഒരാൾ ചോദിച്ചു സ്വാമിയോട് സ്വാമിജി ഇത്ര പൊളിറ്റിക്കൽ ഫയറോടുകൂടെ സംസാരിക്കണമല്ലോ കുറച്ചൊക്കെ ആരെങ്കിലും അങ്ങേ വെടിവെച്ചാൽ എന്ത് ചെയ്യും അപ്പോ സ്വാമി ചിരിച്ചുകൊണ്ട് പറഞ്ഞു അത്രേ നോട്ട് എ സിംഗിൾ ഇംഗ്ലീഷ് മാൻ ഇസ് ബോൺ ടു പെനട്രേറ്റ് ദിസ് ഹാർട്ട് വിത്ത് താൻ എന്തിനാണോ വന്നിരിക്കുന്നത് നല്ല ഉറപ്പുണ്ട് മാത്രമല്ല താൻ ഈ ശരീരമല്ല എന്ന് നല്ല ഉറപ്പുണ്ട് ഇതറിഞ്ഞു കഴിഞ്ഞ ജ്ഞാനിക്ക് ജീവിതം വെറും കളിയാണ് കൃഷ്ണൻ യുദ്ധം ചെയ്ത പോലെ എന്ത് വേണമെങ്കിൽ അവർ ചെയ്യും അവരൊന്നുകൊണ്ടും ബാധിക്കപ്പെടില്ല അത് വെറും ഒരു കളി അത്രയുണ്ട് അപ്പൊ അച്ഛേദ്യോയം ോയം അക്ലേദ്യോ അശോഷ്യയേവ ജലത്തിന് നനയ്ക്കാൻ പറ്റില്ല ഈ തത്വം അറിഞ്ഞാൽ ജലം ജലദേവതകൾ ഈ മുക്തപുരുഷനെ ആരാധിക്കും എന്നാണ് ഉപനിഷത്ത് പറയണത് ഈ തത്വം അറിഞ്ഞാൽ അക്ലേദ്യൻ എന്നറിഞ്ഞാൽ അച്ഛേദ്യൻ എന്നറിഞ്ഞാൽ ഇയാൾ യാതൊരു ശസ്ത്രങ്ങൾ കൊണ്ടും ഛേദിക്കപ്പെടില്ല എന്ന് ശരീരം പോലും ഉപനിഷത്ത് അങ്ങനെ പറഞ്ഞു അക്ലേദ്യൻ എന്നറിഞ്ഞാൽ നനയ്ക്കപ്പെടാത്തവൻ എന്നറിഞ്ഞാൽ സമുദ്രത്തില് വീണാൽ പോലും ഇയാൾക്കൊന്നും സംഭവിക്കില്ല ഭക്തന്മാരെയൊക്കെ അങ്ങനെ സമുദ്രത്തില് കല്ലുകെട്ടി താഴ്ത്തിയ കഥകളൊക്കെ ഉണ്ട് തമിഴ്നാട്ടിൽ അപ്പർ സ്വാമികൾ പറയുന്ന പോലും ഉണ്ട് കൽത്തുണൈപ്പൂട്ടിയോർ കടലിനുൾപ്പായണും നൽതുണയ്യാവത് നമശിവായവേ എന്നെ സമുദ്രത്തിൽ താഴ്ത്തിയിട്ടും കാര്യമൊന്നുമില്ല ഞാൻ ഭഗവാനെ പിടിച്ചിരിക്കണോ എന്നാണ് ഒന്നും സംഭവിക്കില്ല എന്ന് വെച്ചാൽ ഭഗവാൻ എന്ന് വെച്ചാൽ എന്താർത്ഥം ഈ തത്വം ഉറച്ചു ഞാൻ ഈ ശരീരമല്ല പിന്നെ അവർക്ക് അകാലമൃത്യു ഒന്നും ഉണ്ടാവുകയില്ല അതിന് വേറെ ഒരു തെളിവ് വിവേകാനന്ദ സ്വാമികൾ തന്നെ ഈ കന്യാകുമാരിയിൽ വന്നപ്പോ വിവേകാനന്ദ ആ റോക്ക് കണ്ടിട്ടുള്ളവർക്കറിയാം എത്ര ദൂരത്താണത് ആ സന്ധ്യാസമയത്ത് സമുദ്രത്തിൽ ചാടി നീന്തിട്ടാ പോയത് ആ കല്ലിലേക്ക് എന്നുവച്ചാ ഭയം ഉള്ളുന്നു പൂർണ്ണമായി പോകുന്നു താൻ ശരീരമല്ല എന്നും അച്ഛേദ്യനാണെന്നും അക്ലേദ്യനാണെന്നും ശോഷിപ്പിക്കാൻ കഴിയാത്തവനാണെന്നും സനാതനമായ വസ്തുവാണെന്നും ആത്മാവാണെന്നും നല്ല ഉറപ്പ് നിത്യസർവതസ്ഥാണുഹു അചലോയം സനാതനഹ ഇതൊക്കെ സ്വരൂപലക്ഷണമാണ് ശരീരലക്ഷണമല്ല ഞാനിപ്പോ ശാരീരികമായി ചില കഥകളൊക്കെ പറഞ്ഞു ഇപ്പൊ വിവേകാനന്ദ സ്വാമി സമുദ്രത്തിൽ നീന്തി അതൊക്കെയാണ് ഇതിന്റെ പ്രയോജനം ധരിക്കേണ്ട ഇതൊക്കെ സ്വരൂപ ലക്ഷണമാണ് പക്ഷേ ഈ സ്വരൂപലക്ഷണം ഉറപ്പുള്ള ആൾക്ക് ഫലശ്രുതി പോലെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് പ്രകൃതിയിലെ സകല ഭൂതങ്ങളും അവനെ ആരാധിക്കും യാതൊരു കേടുപാടും വരില്ല ഈ തത്വം ഉറപ്പുള്ള ആൾക്ക് പ്രാരബം കഴിയുന്നവരെ അഥവാ പ്രാരബ്ധം അവർക്കില്ല ഈശ്വര നീയതിയ അവർ ഈ ലോകത്തിൽ എന്ത് ചെയ്തു തീർക്കാനുണ്ടോ അത് ചെയ്തു തീർക്കുന്നതിനു മുമ്പ് സകല ദേവതകളും ആ ശരീരത്തിനെ പൊന്നുപോലെ കാത്തുരക്ഷിക്കും അതിനൊരു കേടുപാടും വരില്ല ഈ തത്വജ്ഞാനത്തിന്റെ ഉറപ്പ് അതാണോ ഇത് ആകമ അകമേക്കുള്ള ജ്ഞാനം മാത്രമല്ല ഈ അകമേക്ക് ഉറപ്പ് വന്നാൽ പുറമേക്ക് ആ ശരീരത്തിന് ഈ തത്വജ്ഞാനത്തിൽ ഉറപ്പുവന്ന ആ ശരീരത്തിന് സകല ദേവതകളും പൊന്നുപോലെ കാത്തുരക്ഷിക്കും എന്നാണ് അവർക്ക് വേറെ ആരും നോക്കാനൊന്നും വേണ്ട ജഗദീശ്വരം തന്നെ രക്ഷിക്ക് നിത്യസാണു അചലോയം സനതന അടുത്ത ശ്ലോകം അവ്യക്തചിന് അവിച്യത്തെ തസ്വം വിധി विदित्वैनं। ർഹസി ശ്ലോകങ്ങൾ മൂന്ന് ശ്ലോകങ്ങൾ ഭഗവാൻ ഇത് തന്നെ പറയാൻ പോകുന്നു ന അനുശോചിതും അർഹസി അർജുന ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ന അനുശോചിതർഹസി തനിക്ക് അനുശോചനം ചെയ്യാൻ ദുഃഖിക്കാൻ അർഹതയില്ല എന്ന് വെച്ചാൽ താൻ ദുഃഖിക്കരുത് എന്നർത്ഥം താൻ വിഷമിക്കരുത് താൻ കരയരുത് അരവിന്ദോ സാവിത്രി എന്ന് പറഞ്ഞിട്ടൊരു കൃതി എഴുതി അതിനാരോ കാരണം പറഞ്ഞു എന്തുകൊണ്ടാണ് സാവിത്രി എടുത്തതെന്ന് വെച്ചാൽ അരവിന്ദോരടുത്ത് എഴുതിയിട്ടുണ്ട് അത്രേ രണ്ടുപേരാണ് നമ്മളുടെ സകല പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ തെരഞ്ഞു നോക്കിയാൽ ഒരു ചൊട്ട് കണ്ണീര് പോലും ഇടാത്തവരും ഒന്ന് സാവിത്രിയും ഒന്ന് കൃഷ്ണനും ബാക്കി എല്ലാരും കുറച്ചു കുറച്ച് കരഞ്ഞിട്ടുണ്ടെന്നാണ് ദുഃഖം തൊട്ട് തീണ്ടാത്ത രണ്ടുപേരാണ് കൃഷ്ണനും സാവിത്രിയും അതിൽ കൃഷ്ണന്റെ കഥ നമുക്കറിയാം സാവിത്രിയെ സെലക്ട് ചെയ്യാൻ കാരണം അതുകൊണ്ടാണെന്ന് ആരോ പറഞ്ഞു ഇനിയിപ്പൊ അതങ്ങനെ തന്നെയാണോ എനിക്കറിയില്ല എന്നുവെച്ചാൽ അനുശോചനമില്ല ശോകം ഇല്ല എന്നർത്ഥം ദുഃഖം ഇല്ല അനുശോചിത്തും അവ്യക്തോയം അചിന്ത്യോയം അവികാര്യോയം ഉച്ച ഈ ആത്മാവുണ്ടല്ലോ അത് അവ്യക്തമാണ് വ്യക്തം എന്ന് വെച്ചാൽ എന്താ വ്യഞ്ജൻ എന്നുള്ള ധാതുവിനെ മാനിഫെസ്റ്റ് അർത്ഥം അർത്ഥം വ്യക്തമായിട്ടുള്ളത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നത് ആത്മാ കണ്ണുകൊണ്ട് കാണാൻ പറ്റണതല്ലല്ലോ പിന്നെ എന്താണ് ആത്മാ ഏതുള്ളത് കൊണ്ടാണോ കണ്ണു കാണുന്നത് അതാണ് ആത്മാ ഉപനിഷത്തകനെ പറയുന്നു കണ്ണുകൊണ്ട് കാണുന്നത് ആത്മാവല്ല ഏതൊന്നുള്ളത് കൊണ്ട് കണ്ണു കാണുന്നുവോ അത് ആത്മ ചെവി കൊണ്ട് കേൾക്കുന്നത് ആത്മാവല്ല ഏതുള്ളത് കൊണ്ട് ചെവി കേൾക്കണമോ അത് ആത്മ മൂക്കുകൊണ്ട് മണക്കുന്നത് ആത്മാവല്ല ഏതു കൊണ്ട് മൂക്ക് മണക്കുന്നു അത് ആത്മാ അപ്പോ അത് വ്യക്തമല്ല പിന്നെയോ ബോധമാണ് അപ്പൊ അവ്യക്തോയം അചിന്ത്യോയം അചിന്യം ചിന്തയ്ക്ക് പിടിക്കാൻ കഴിയാത്തത് അല്ലേ ചിന്തക്ക് പിടിക്കാൻ കഴിയുന്നതൊക്കെ ലിമിറ്റഡ് ആണ് പരിച്ഛിന്നമായ വസ്തുക്കൾ ചിന്തയിൽ ഒതുങ്ങും മനസ്സിൽ ഒതുങ്ങും ഏത് വ്യക്തമോ അതിനേ ചിന്തിക്കാൻ പറ്റുള്ളൂ നിർഗുണം നിരാകാരം നിത്യശുദ്ധം എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റുമോ ഇറ്റലി ഉപ്പുമോശ് ചിന്തിക്കും അല്ലെ മനസ്സിൽ വരും രൂപം ഭാവന വരും ാമം രൂപം അതിനെന്തെങ്കിലുമൊക്കെ ഗുണം ഒക്കെ ഉള്ളപ്പോ അതിൽ മനസ്സ് പോകും രൂപം വരും ഇത് അചിന്ത്യം വാചോ നിവർത്തന് അപ്രാപ്യമനസാസഹ മനസ്സും വാക്കുമൊക്കെ പ്രാപിക്കാൻ കഴിയാതെ നിവർത്തന്തേ തിരിച്ചു വരുന്നു അപ്പൊ മനസ്സ് കൊണ്ട് സാധ്യമല്ല അചിന്ത്യോയം ോയം വികാരപ്പെടാത്തതാണത് ബാക്കിയൊക്കെ വികാരം ചിന്താ വികാരമാണ് വ്യക്തമായിട്ടുള്ളതൊക്കെ വികാരമാണ് ഇതിന് വികാരമില്ല അവികാരിയോയം ഉച്ച ഇങ്ങനെ അറിഞ്ഞിട്ട് തസ്മാ ഭഗവാന്റെ സ്വഭാവം തസ്മാനം ഈ ആത്മാവിനെ ഇങ്ങനെ അവികാരിയാണെന്നും ചിന്താ രഹിതനാണെന്നും സദർശനത്തിൽ ആദ്യത്തെ ശ്ലോകം ചിന്താരഹിതോ ഹൃദാഖ്യഹം ചിന്താരഹിതനാണിവൻ എന്ന് മഹർഷി സൂചിപ്പിച്ചു ചിന്താരഹിതരാഹിത്യം ആത്മാവിന്റെ സ്വരൂപമാണ് ചിത്തവൃത്തികൾ അവനെ സ്പർശിക്കാൻ പറ്റില്ലാന്ന് അർത്ഥം അപ്പോ അചിന്യോയം അവികാര്യോയം ഉച്ചതെ ചിന്തകൾക്കൊക്കെ പുറകിൽ അവൻ അനുഭവപ്പെടുന്നു ജനറേറ്ററിന്റെ ശബ്ദം കേൾക്കുന്നു ഞാൻ പ്രസംഗിച്ചു തുടങ്ങി ശബ്ദത്തിൽ കേൾക്കില്ല ഇടയിൽ നിർത്തിയാൽ കേൾക്കും അതുപോലെ ചിന്തകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുമ്പോഴും അതിന്റെ പുറകിൽ ഈ പ്രജ്ഞ ഉണ്ട് പ്രജ്ഞയുടെ സ്ഫൂർത്തി ഉണ്ട് ചിന്തകൾ അതിനെ ശ്രദ്ധിക്കാൻ സമ്മതിക്കുന്നില്ല ചിന്തകൾ ഇടയ്ക്കുന്ന് നിൽക്കുമ്പോൾ പ്രജ്ഞയെ ഒന്ന് കാണുന്നുള്ളൽ ജനറേറ്ററുടെ ശബ്ദത്തിലെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ ഈ പ്രസംഗിക്കണതൊന്നും കേൾക്കില്ല അതേപോലെ ഉള്ളിലുള്ള ജനറേറ്റർ എല്ലാ പവറും ജനറേറ്റ് ചെയ്യണം ആ ബോധസ്ഫൂർത്തിയെ ശ്രദ്ധിച്ചു തുടങ്ങിയാൽ ചിന്തകളെ ഒന്നും ശ്രദ്ധിക്കുകയില്ല അപ്പൊ അവ്യക്തോയും അചിന്തിയോയും അവികാരിയോയും വികാരങ്ങളൊന്നും അറിയില്ല ഉച്ചത്തെ ഇങ്ങനെ ആത്മാവിനെ അറിഞ്ഞ് അനുശോചിത അർഹസി ദുഃഖിക്കരുതങ് അർജുന ദുഃഖിക്കരുത് ദുഃഖമൊക്കെ ഈ ആത്മാവിന്റെ സ്വരൂപം അറിയാത്തത് കൊണ്ടാണോ ഉണ്ടാവുന്നത് ആത്മാ വികാരപ്പെടുമെന്നും ആത്മാ തന്റെ ചിത്തവൃത്തികൾക്കുള്ളിൽ ഒതുങ്ങുന്നവനാണെന്നും ആത്മാവ്യക്തമായ വസ്തുവാണെന്നും പദാർത്ഥമാണെന്നും ഒക്കെ ധരിക്കണതാണ് കുഴപ്പം ആത്മാവികാരിയും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനുമാണെന്ന് അറിഞ്ഞ് ദുഃഖിക്കരുത് അടുത്ത ശ്ലോകം അത ചൈനം നിത്യജാതം വന്യസേമൃതം താപി ത്വം മഹാബാഹോ നൈം ശോചിത്ത അഥ ചൈനം നിത്യജാതം നിത്യം വാമന്യസേമൃതം താഥി ത്വം മഹാബാഹോ നൈവോചിമർ കുറച്ചൊരു സാധാരണ നിലയിലേക്ക് ഭഗവാൻ വരുണു ഭഗവാൻ പറയണു അർജുന അർജുനൻ ഇങ്ങനെ മിഴിച്ചിരിക്കുകയാണെന്ന് തോന്നുന്നു കേട്ടേ അപ്പൊ ഭഗവാൻ ഒരു സംശയം അർജുനന് മനസ്സിലായോ മനസ്സിലായില്ലയോന്നു നമ്മളൊരു ഭഗവത്ഗീത അവരടുത്ത് പ്രഭാഷണം നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരുന്നു സംശയമുണ്ടെങ്കിൽ അവസാനം വല്ലതും എഴുതി തന്നാൽ ഉത്തരം പറയാമെന്നോ എന്തോ പറഞ്ഞുകൊണ്ടിരുന്നു അപ്പൊ അവസാനം ഒരാൾ വന്ന് പറഞ്ഞു സംശയമേ എനിക്കില്ലാന്നു അത് വലിയ സന്തോഷമായി എന്താ കാര്യം ഒന്നും മനസ്സിലായില്ല അത് മനസ്സിലായാലല്ലേ സംശയിക്കാനുള്ളൂ ഒന്ന് മനസ്സിലായി അല്ല മനസ്സിലായാലല്ലേ സംശയിക്കാനുള്ളൂ അപ്പോ ഭഗവാൻ തന്നെ ഒരു സംശയം വന്നു അർജുനന്റെ കാര്യത്തില് അപ്പൊ ഭഗവാൻ പറയുകയാണ് ശരി അർജുന അപ്പൊ ആത്മാ എന്നുള്ളതൊക്കെ വിട ഇപ്പൊ ശരീരമാണ് താൻ എന്ന് കരുതിയാ പോലും അഥചേത്വം നിത്യജാതം അതചെയ്യും നിത്യജാതം ഈ ആത്മാവ് ദിവസവും പല സ്ഥലങ്ങളിലും ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അങ്ങ് കരുതുന്നുണ്ടെങ്കിൽ ചാർവാക സിദ്ധാന്തം ചാർവാകന്മാർ പറയണത് എന്താ ജനിച്ചാൽ മരിക്കും മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് അതുകൊണ്ട് അവര് പറയണത് എന്താ ഉള്ള കാലത്ത് സുഖമായിട്ടിരിക്കാം കടം വാങ്ങിയിട്ടെങ്കിലും സുഖമായി ഋണം കൃത്വ ഘൃതം വിഭേറ്റ് യാവജീവം സുഖം ജീവിക്കുന്നു എത്ര കാലം ജീവിക്കണോ സുഖമായിട്ട് ജീവിക്കുക കടം വാങ്ങിയിട്ടെങ്കിൽ നെയ് കൂട്ടി സുഖമായിട്ട് ശാപ്പാട് കഴിക്കണം നാളത്തെ കാര്യം ആര് കണ്ടു എന്ന് അവർ ചോദിക്കണം അവരുടെ സിദ്ധാന്തപ്രകാരമാണെങ്കിലും ദുഃഖിക്കാൻ പാടില്ല ഇപ്പൊ ഭഗവാൻ പറയണത് അതചേതത്വം നിത്യജാതം ഇനിയിപ്പോ നിത്യം ഇത് ജനിക്കുകയും മരിക്കുകയും ചെയ്യണമെന്നാണ് താൻ കരുതുന്നതെങ്കിൽ അങ്ങനെയാണെങ്കിലും നെയ് വംശോചിത രഹസ്യം അങ്ങനെയാണെങ്കിലും കരയാൻ പാടില്ല എന്തുകൊണ്ട് കരയാൻ പാടില്ല എന്ന് വെച്ചാൽ അടുത്ത ശ്ലോകം ി ധ്രുവോ മൃത്യു ധ്രുവം ജന്മമൃതപരിഹാരം ശോചിത്തർ അപ്പോഴും ഭഗവാ അർജുനൻ മുമ്പിലിരുന്ന് കുണുങ്ങി കുടുങ്ങി കരയാണ് തോന്നുന്നു അപ്പൊ ഭഗവാൻ പറയുകയാണ് അർത്ഥം ശോചിത്തുമർഹസി ഇങ്ങനെ കിടന്ന് കര മോങ്ങാൻ പാടില്ല എന്നാണ് ഇങ്ങനെ കിടന്ന് കരയച്ച നാണക്കേട് എന്നാണ് ഏവം ശോചിത്വമറിഹസി എന്തുകൊണ്ട് കരയാൻ പാടില്ല എന്ന് വെച്ചാൽ ജാതസ് ജനിച്ചതിന് ധ്രുവ മൃത്യുപൂ മരണം നിശ്ചയം ആരൊക്കെ ജനിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ മരണം ഉറപ്പുള്ള കാര്യം അത് അല്ലേ ജനിച്ചു കഴിഞ്ഞാൽ പ്രഡിക്ഷൻ ചെയ്യാം എന്തൊക്കെയോ പ്രഡിക്ഷൻ ചെയ്യും ജ്യോതിഷികളുടെ അടുത്ത് പോയാൽ അവരോരോന്നും പറയും ആർക്കും ഉറപ്പിച്ചിട്ടൊന്നും പറയാൻ പറ്റില്ല പക്ഷെ ഉറപ്പുള്ള കാര്യം എല്ലാവർക്കും പറയാവുന്ന ഒരേ ഒരു കാര്യം ഉറപ്പായിട്ട് ജനിച്ചാൽ എന്തു പറയും മരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമേ ഇല്ല അപ്പൊ അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമില്ല അതേപോലെ ശാസ്ത്രത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലോ മരിച്ചവണ് ജനനവും നിശ്ചയം വേണം ധ്രുവം ജന്മ മൃതസേജ ഏത് മരിക്കുന്നുവോ അത് ജനിക്കും എത് ജനിക്കണമോ അത് മരിക്കും അത് ഉറപ്പ് ഏതെങ്കിലും രൂപത്തിലെങ്കിലും ജനിക്കുമെന്ന് അറിയാലോ അത് എല്ലാവർക്കും വിശ്വസിക്കാം ഡിസിൻ്റെഗ്രേറ്റ് ആയത് വേറെ ഒരു ഫാമിൽ അത് പ്രത്യക്ഷപ്പെടും അങ്ങനെയാണെങ്കിലും അതിന് ജനനം നിശ്ചയം മണ്ണ് കൊടമായിട്ട് ജനിക്കണു പിന്നെ കൊടം തല്ലിപ്പൊട്ടിച്ചാലോ മരിച്ച് മണ്ണായിട്ട് ജനിക്കണോ വീണ്ടും ആ മണ്ണ് വീണ്ടും കുടമായിട്ട് വേണമെങ്കിൽ ജനിക്കാം അപ്പൊ ജനിച്ചത് മരിക്കും മരിച്ചത് ജനിക്കും എന്നിട്ട് ഭഗവാൻ പറയണു അപരിഹാരിയെ അർത്ഥേ പരിഹരിക്കാൻ കഴിയാത്ത കാര്യം ഇതില് നൈവം അർഹസി ഇതിൽ ദുഃഖിച്ചിട്ട് എന്ത് കാര്യം ഒരു പരിഹാരവും ഇല്ല ഇതുവരെ ആർക്കും പരിഹാരം കണ്ടെത്താനേ പറ്റാത്ത കാര്യം എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് മരിക്കാത്തവര് ചിരഞ്ജീവികൾ എന്നൊക്കെ പറഞ്ഞാൽ അവരെ ആരെയും നമ്മൾ തെരുവിലൊന്നും നിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല വരണ വഴിയിൽ ഇതാ ഒരു ചിരഞ്ജീവിയാണോ ഇതുവരെ ആരും കാണിച്ചു വന്ന് കണ്ടിട്ടില്ല അല്ലെ കഥയിൽ പറയണമെന്നല്ലാതെ ഒരു ചിരഞ്ജീവിയും നമ്മുടെ വഴി വന്ന് കണ്ടിട്ടില്ല ചിലരൊക്കെ അങ്ങനെ ഫിലോസഫി ഉണ്ടാക്കിയിരുന്നു ശരീര ശരീരവും യോഗോ വിസാധന കൊണ്ട് സ്ഥിതി വരും രമണ മഹർഷിയോട് ആരോടോ ആരോ പറഞ്ഞു ശരീരം വിജ്ഞാനമയ ശരീരമായിട്ട് മാറും അതിന് വ്യാധി വരില്ല എന്നൊക്കെ പറയണമല്ലോന്നു മഹർഷി പറഞ്ഞു ഒരു വ്യാധി അത് വ്യാധി വന്നത് വ്യാധി വന്നത് കുംഭകോണത്തിലെ ഒരു യോഗി മൃതശീൻ സഞ്ജീവിനി കണ്ടെത്തി എന്ന് വലിയ പ്രസിദ്ധിയായു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറുകളിലോ അല്ല നയൻറ്റീൻ ടയിലോ ആ കാലത്ത് മറ്റുമാണ് അനി ബെസന്റ് വളരെ പ്രസിദ്ധമായിരിക്കുന്ന സമയത്ത് ആ മരുന്ന് വളരെ പലരും വിശ്വസിച്ചു ഒരുപാട് പേര് വിശ്വസിച്ചു ആദ്യം തന്നെ വളരെയധികം അഡ്വർട്ടൈസ് ചെയ്തു ഈ മരുന്ന് കഴിച്ചാൽ മരിക്കില്ല പലരും ബുക്ക് ചെയ്തു വെച്ചു വീട്ടിലുള്ള വയസ്സായവരോടൊന്നും പറഞ്ഞില്ല ചിലവരൊക്കെ കുറെ ദിവസം പത്രം വായിക്കണം അത്ര പലരും ബുക്ക് ചെയ്ത് വെച്ചു ഈ യോഗിയുടെ അടുത്ത് ഈ മരുന്നിന് ആ മരുന്ന് ആനി ബെസന്റിന് കൊടുക്കാനൊക്കെ തീരുമാനിച്ചു അത്ര ആദ്യമായിട്ട് എന്തോ അവർ തിയോസഫിക്കൽ സൊസൈറ്റിയുമായിട്ട് കണക്റ്റഡായ ആളുകളാണെന്നോ എന്തോ അവർക്കൊക്കെ എഴുതിയെന്നാണ് ആ കഥ എന്നിട്ട് പത്രത്തിലൊക്കെ വന്നിരുന്നു കുംഭകോണത്തിന് ഏതോ ഒരു ക്ഷേത്രത്തിൽ വെച്ച് വൈകുന്നേരം അതിന്റെ ഉദ്ഘാടന കർമ്മം ഗംഭീരമായിട്ട് തോരണം തൂക്കി ആ നാട്ടുകാരൂട്ടാരൊക്കെ വന്നു ആ മരുന്നൊന്ന് കാണാൻ എല്ലാരും ബുക്ക് ചെയ്ത് വെച്ചവർക്കൊക്കെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു അതി വൈകുന്നേരം അഞ്ചര മണിക്കാണ് അതിന്റെ ഉദ്ഘാടനം ഉദ്ഘാടനത്തിന് വിളക്ക് കൊടുത്തി ആളുകൾ കാത്തിരുന്നു കാത്തിരുന്നു കാത്തിരുന്നു യോഗി വന്നില്ല എന്താന്ന് വെച്ചാൽ അന്ന് ഉച്ചക്ക് ഹാർട്ട് അറ്റാക്കില് മരിച്ചു എന്നാണ് അപ്പോ പെറുതയെ കളിക്കാണ് നമ്മുടെ ജാതസ്യഹി ധ്രുവോ മൃത്യുഹു ജനിച്ചവന് മരണം നിശ്ചയം അത് വളരെ സിംപിൾ ഫാക്ട് അതിനോട് എന്തിനു യുദ്ധം ചെയ്യണം സാധാരണ തലത്തിൽ നോക്കിയാൽ ഒരു സമയമാവുമ്പോൾ നമ്മൾ ആദ്യം ഇപ്പൊ ചിന്തിക്കുമ്പോ മരണത്തിനെ വേണമെങ്കിൽ പേടിക്കുമായിരിക്കും പക്ഷെ ആ മരണ സമയമാവുമ്പോ നമുക്ക് വളരെ മധുരമായിട്ട് തോന്നും എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ശരീരം വഹിക്കണത് തന്നെ വലിയ ഭാരമായിരിക്കും ഒന്ന് പോയി കിട്ടിയാ വേണ്ടില്ല എന്ന് തോന്നും അമൃതാനുഭവം പോലെ ആ സമയത്ത് ഇന്റ്യൂട്ടീവായിട്ട് നമുക്കറിയാം നമ്മളുടെ സ്വരൂപത്തിന് മരണമില്ല എന്നും ശരീരമാണോ വിട്ടുപോണത് നമുക്കറിയാം ഇപ്പൊ കേൾക്കുമ്പോൾ അത് കുറച്ചുകൂടെ ഉറപ്പിച്ച് മുൻകൂട്ടി ഉറപ്പിക്കാൻ ഉള്ളൂ അല്ലെങ്കിൽ നമ്മൾ സാധാരണമായിട്ടിരുന്നാൽ പോലും മരണ ഈ ജ്ഞാനം ഒന്ന് സ്ഫുരിക്കും പക്ഷെ ആ ജ്ഞാനത്തിന് തടസ്സം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് വാസനകളും ചിത്തവൃത്തികളും വളർത്തിയത് കൊണ്ട് സഹജമായ ജ്ഞാനം പ്രകാശിക്കില്ല അത് ആ മറം നീക്കണോ അത്രയേ ഉള്ളൂ സത്സംഗം കൊണ്ടൊക്കെ ചെയ്യണത് അത്രയേ ഉള്ളൂ മറം ഒന്നും നീക്കണം നമ്മൾക്ക് ഈ മറയും ഈ വേണ്ടാത്ത പഠിപ്പും വേണ്ടാത്ത വിചാരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ഗീതയൊന്നും വേണ്ട സഹജമായിട്ട് നമ്മളുടെ ഉള്ളിൽ ജ്ഞാനമുണ്ട് എല്ലാവർക്കും ജ്ഞാനമുണ്ട് പക്ഷേ വേണ്ടാത്തത് ഒരുപാട് ധരിച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് നമ്മളുടെ നാച്ചുറൽ സ്റ്റേറ്റ് നമുക്ക് മറന്നുപോയിരിക്കണം അപ്പോ അണ്ണാച്ചുറലായിട്ടുള്ള മറകളെയൊക്കെ ഒന്ന് നീക്കി നാച്ചുറലായിട്ടുള്ള സ്വരൂപാനുഭൂതി ഒന്ന് തെളിക്കണോ അത്രയുള്ളൂ അല്ലാതെ പുതിയതായിട്ടൊന്നും ചെയ്യണില്ല അപ്പൊ ഭഗവാനോട് പറയണു ശരീരത്തിനെ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് മാറ്റിമറിക്കാൻ ആർക്കും സാധ്യമല്ല ശരീരം മരിക്കും ജാതസ് ഹി ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്യ ഭഗവാന്റെ ശരീരം ഇവിടുന്ന് അപ്രത്യക്ഷമായോ അല്ല അഗ്നിയിൽ എരിഞ്ഞോ എന്ന് ഭാഗവതത്തിലാ അഗ്നിയാ അദഗ്ധ്വാ ദ്വാ എന്ന് പറഞ്ഞ് ഒരുപാട് ശണ്ട കൂടുന്നവരുണ്ട് ഭാഗവതത്തിൽ അത് അദഗ്ധ്വാണെങ്കിൽ ശരി ദഗ്ധ്വാണെങ്കിലും ശരി മറഞ്ഞുപോയി അത്രയുള്ളൂ ആ ഭഗവാൻ തന്നെ വരണം മറഞ്ഞു പോവും ഏത് വരണമോ അത് മറിഞ്ഞു പോവും അവജാനന്തി മാം മൂടാഹാ മനുഷീം തനുമാശ്രിതം എന്ന് പറഞ്ഞ് ഭഗവാനെ കുറിച്ച് ഇത്രയൊക്കെ ശണ്ട കൂടാനുണ്ടോ അപ്പോ ശരീരം ഏത് ജനിക്കണമോ അത് ഇവിടുന്ന് പോകും തിരോധാനം ആവും മറഞ്ഞു പോകും അത് മറഞ്ഞു പലരുടെയും ശരീരം അഗ്നിമയമായി മറഞ്ഞു പോയി നോക്കുന്നുണ്ട് ഈ അടുത്ത കാലത്ത് രാമലിംഗ സ്വാമികൾ അദ്ദേഹം ചിദംബര ക്ഷേത്രത്തിൽ നിന്ന് കുറച്ച് അടുത്തെവിടെയോ അദ്ദേഹത്തിന്റെ ആശ്രമത്തിൽ മുറിയിൽ അടച്ചിരുന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞേ തുറക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു തുറന്നു നോക്കുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ ശരീരം കാണാനില്ല ഇതൊക്കെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയാറിൽ അദ്ദേഹത്തിന്റെ ശരീരം മറഞ്ഞു അഗ്നിമയമായി പോയി എന്നൊക്കെ പറഞ്ഞു അതേപോലെ എത്രയോ പേരുടെ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത് എങ്ങനെയാണെങ്കിലും ഒരു കാര്യം അത് മറഞ്ഞു അടുത്ത ദിവസം തൊട്ട് കണ്ടില്ല അത് നമ്മൾ കൊണ്ടുപോയി ഇരിച്ചാലും ശരി അത് മറിഞ്ഞു പോയാലും ശരി ഇല്ലാതാവണോ ഏത് ഉണ്ടായി ഇല്ലാതാവണോ അത് അസത്ത് ഇതുവരെ അറിഞ്ഞാ മതി ഏത് ഉണ്ടാവുകയോ ഇല്ലാതാവുകയോ ഇരിക്കുന്നുവോ അത് സത്ത് അപ്പോ ജാതസ് ധ്രുവോ മൃത്യു ധ്രുവം ജന്മ മൃതസ്ഥ്യ ജനിച്ചതിന് മരണം നിശ്ചയം മരിച്ചതിന് ജനനം നിശ്ചയം അപ്പൊ പരിഹരിക്കാൻ കഴിയാത്ത കാര്യത്തില് നൈവം ശോചിതും അർഹസി പരിഹരിക്കാൻ കഴിയാത്ത കാര്യത്തിൽ താൻ ദുഃഖിക്കാൻ യാതൊരു അർഹതയും തനിക്കില്ല ദുഃഖിക്കരുത് നൈവം ശോചിതും അർഹസി കാരണം എന്താ ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം അവ്യക്തം മരണത്തിന് ശേഷമുള്ളതും അവ്യക്തം നടുവിൽ കുറച്ചിങ്ങനെ കാണുന്നു അത്രയേ ഉള്ളൂ അവിടെ എന്തിന് വെറുതെ ദുഃഖിച്ച് സമയം കളയണമെന്ന് ഭഗവാൻ ചോദിക്കണം മധ്യേ ഇങ്ങനെ കാണുന്ന നേരത്തു മത്സരിക്കുന്നതെന്തിനു വൃഥാനാം അല്ലെ അടുത്ത ശ്ലോകം അവ്യക്താദീനിധ്യനി ഭാരത അവ്യക്തനിധന അവ്യക്ത ആദീനി ജനിക്കുന്നതിന് മുമ്പുള്ള കാര്യം അവ്യക്തം ഒന്നും അറിയില്ല വിദ്യാരണ്യ സ്വാമികൾ പറയുന്നു ഇതിനേക്കാളും വലിയ മാജിക് എന്താ ഉള്ളത് എന്നാണ് ഒരു പുരുഷനും സ്ത്രീയും കല്യാണം കഴിച്ചു ശുക്രശോണിതത്തിൽ നിന്ന് കുറച്ചു ദിവസം കഴിയുമ്പോ കയ്യും കാലും തലയും ഒക്കെ ആയിട്ട് ഒന്ന് വരണു കുറച്ചു കഴിയുമ്പോ അത് വലുതാവണു വലുതായിട്ട് ലോകത്തിലെ എന്തൊക്കെയോ വിക്രിയകളും ചേഷ്ടകളും ഒക്കെ ലോകത്തിനെ ആയിട്ട് പേടിപ്പിക്കണം അതൊക്കെ കഴിഞ്ഞ് എവിടെ പോയിന്നറിയാതെ ഒരു ദിവസം മറിഞ്ഞു ഇതിനേക്കാളും വലിയ മാജിക് ഷോ എന്തോ കിം ആശ്ചര്യം അതപ്പരം ഇതിനേക്കാളും വലിയ ആശ്ചര്യം എന്താ ഉള്ളത് എവിടുന്നെന്ന് അറിയില്ലതാ ഒരു അഞ്ചാറ് മാസം മുമ്പ് നോക്കിയേ ഇല്ല ഇപ്പൊ ആ നിലവിളിച്ചോണ്ടിരിക്കണു കുറച്ച് കഴിഞ്ഞാലോ അത് വലുതായിട്ട് ആ ഏത് അമ്മയാണോ അതിനെ വഹിച്ചുകൊണ്ട് നടന്നത് അമ്മയെ മടിയിൽ കയറ്റി വെക്കാൻ പാകത്തിൽ വലുതാവും കുറച്ച് കഴിഞ്ഞാൽ അത് എവിടുന്നു വന്നു എന്നറിയാതെ മറിഞ്ഞു പോവും നമ്മളും മറിഞ്ഞു പോവും നമ്മളൊക്കെ അങ്ങനെ വരണു പോകണു അല്ലെ അപ്പൊ ഇടയിൽ ഒരു രൂപം ഉണ്ടായി ആ രൂപം മറിഞ്ഞു പോകണു ഇതിനേക്കാളും വലിയ മാജിക് ഷോ എന്താ ഉണ്ട് എന്താ ഉള്ളത് എന്നാ ചോദിക്കണം അപ്പോ ഇങ്ങനെയുള്ള കാര്യത്തിൽ എന്തിനാ ദുഃഖിക്കണത് എന്തിനാ കരയണത് എന്തിനാ വിഷമിക്കണത് അപ്പൊ ദുഃഖിക്കരുത് ഇന്നത്തെ ഭഗവത്ഗീതയുടെ സന്ദേശം അതാണ് അർഹസി ഈ ജീവിതം ഭഗവാൻ നമുക്ക് തന്ന അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിനെ വൃഥാക്കളയരുത് ദുഃഖിക്കരുത് ദുഃഖം പൂർണ്ണമായി മാറിക്കിട്ടണമെങ്കിലോ നമ്മളുടെ ഉള്ളിലുള്ള പരമാനന്ദമാവുന്ന ആ ഖജാനാവ് തുറക്കണം ആത്മതത്വം അറിയണം തന്നെ താൻ അറിയണം താൻ ആരെന്ന് കണ്ടെത്തണം അതിനുള്ള വഴിയോ നമ്മൾ എന്തൊക്കെ സാധന ചെയ്യുന്നു അതൊക്കെ ചിത്തശുദ്ധിക്ക് സഹായം നമ്മൾ നാമം ജപിക്കണമെങ്കിലും ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കണമെങ്കിലും പൂജ ചെയ്യണു അമ്പലത്തിൽ വരുന്നു സദ്ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുന്നു ഇതൊക്കെ ചിത്തശുദ്ധി ബേസിക് ആയിട്ട് ആത്മസാക്ഷാത്കാരത്തിന് നമുക്കിപ്പോൾ ഈ വേദാന്തം ഒന്നും പിടികിട്ടണില്ലെങ്കിൽ അതിന് കാരണം മനസ്സിൽ ആഭരണം വിക്ഷേപമാണ് മനസ്സിനുള്ള അശുദ്ധിയാണ് ആ അശുദ്ധി നീങ്ങണമെങ്കിൽ എന്തുവേണം ധാരാളം ജപിക്കാം നാമം ജപിക്കുക സത്സംഗത്തിലേ ഇരുന്നുകൊണ്ടിരിക്കുക കഴിയുന്നതും ശ്രവണ സംസ്കാരം വളർത്തിയെടുക്കുക സദ്ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുക സദ്ഗ്രന്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ട പോലെ ഈ ആടുപുല് തിന്ന പോലെ പുസ്തകം വായിക്കാൻ പാടില്ല പുസ്തകം വായിക്കുമ്പോ വളരെ ജാഗ്രതയായിട്ടിരിക്കണം എടെ നമ്മൾ എവിടെയെങ്കിലും ബുക്ക് സ്റ്റാളിലോ ലൈബ്രറിയിലോ പോകുമ്പോഴാണ് അതിന്റെ അപകടം മനസ്സിലാവുക വളരെ ജാഗ്രതയായിരിക്കണം സാക്ഷാത്കാരം സിദ്ധിച്ച ജ്ഞാനികൾ എന്ന് നല്ല ഉറപ്പുള്ളവരുടെ ഉപദേശങ്ങളെ വായിക്കാൻ പോകും അല്ലാത്തത് വായിച്ചാൽ വെറുതെ കൺഫ്യൂസാവും അവര് കൺഫ്യൂസ് ആയിട്ടിരിക്കണവർ നമ്മളെയും കൺഫ്യൂസ് ചെയ്ത് വിടും നടുവിൽ കുടുക്കിവിടും അതുകൊണ്ട് ഗീതയോ ഉപനിഷത്തോ അല്ലെങ്കിൽ ജ്ഞാനികളുടെ സാക്ഷാത്കാരം സിദ്ധിച്ച ജ്ഞാനികളുടെ സദ്ഗ്രന്ഥങ്ങളോ വായിച്ച് ചിത്തം ശുദ്ധമാക്കാം എല്ലാവർക്കും ചെറിയൊരു പുസ്തകം ജ്ഞാനാര എന്ന രമണ മഹർഷിയുടെ പുസ്തകം അത് മഹർഷിയുടെ സകല ടീച്ചിങ് വേദാന്തത്തിന്റെ മുഴുവൻ എസൻസും അതിലുണ്ട് മഹർഷിക്ക് തന്നെ അത് ഉള്ള കാലത്തിന് നിർബന്ധമായിരുന്നു അത് വളരെ വില ചുരുക്കി വിൽക്കണമെന്ന് അതുകൊണ്ട് അഞ്ചു രൂപയെ ആ പുസ്തകമുള്ളൂ രമണാശ്രമത്തിൽ എത്രയോ പറഞ്ഞിട്ടാണ് അവർ റീപ്രിന്റ് ചെയ്തത് അഞ്ചു രൂപയെ ഉള്ളു എല്ലാവരും വാങ്ങിക്കാം അഞ്ചു രൂപയൊന്നും ആർക്കും ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് അഞ്ചു രൂപ ഇനിയിപ്പോ ആർക്കെങ്കിലും കൊടുക്കാൻ ഇല്ലെങ്കിൽ വെറുതെ എടുത്തോണ്ട് പോവാം കുഴപ്പമില്ല ആ പുസ്തകം അവിടെ ഉണ്ട് എന്തുകൊണ്ട് അഞ്ചു രൂപ വെച്ചതെന്ന് വെച്ചാൽ ചിലപ്പോ അഞ്ചു രൂപ എന്ന് വെച്ചിട്ടില്ലെങ്കിൽ ചില ആളുകൾ എല്ലാ പുസ്തകവും കൊണ്ടുപോകും അവര് അതുകൊണ്ടാണ് അഞ്ചു രൂപ എന്ന് വെച്ചത് ഇനിയിപ്പൊ കൊടുക്കാനില്ലെങ്കിൽ പോലും അവർക്ക് പുസ്തകം എടുക്കാമൊന്നും വിഷമമില്ല ആ പുസ്തകം ഞാനാരാ എന്നുള്ള പുസ്തകം അതെല്ലാരും സ്വന്തമാക്കാം വായിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും വെക്ക ആർക്കെങ്കിലും അത് ദീക്ഷാ പുസ്തകമാണ് ജ്ഞാനിയുടെ ദീക്ഷാ പുസ്തകമാണത് അതില് സകല രഹസ്യങ്ങളും ഉണ്ട് അത് നമുക്ക് മനസ്സിലായില്ലെങ്കിൽ അവിടെ വെക്കാം ആരിക്കെങ്കിലും എപ്പോഴെങ്കിലും ഉപയോഗപ്പെടും ഞാൻ ഒരു ഇൻസിഡന്റ് പറയാം കൽക്കട്ടയിലെ ഒരു സന്യാസിയെ ഒരിക്കൽ അറിഞ്ഞു ആ സന്യാസി എങ്ങനെ സന്യാസമെടുത്തു എന്നൊക്കെ ചോദിച്ചിങ്ങനെ വന്നപ്പോ വളരെ ആശ്ചര്യമായ ഒരു സംഭവം അദ്ദേഹം ഗവൺമെന്റ് ഓഫീസിൽ ജോലി നോക്കണ ആളായിരുന്നു അപ്പൊ ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കൽക്കട്ടയിലൊരു ചെറിയ തെരുവ് തെരുവിലൂടെ നടന്നു പോകുമ്പോൾ മേലെ പുസ്തകം തലയിൽ വന്ന് വീണു ോക്കുമ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ രണ്ടാം മാളികയെന്ന് ഒരാള് ചീത്ത പറയാണ് മകനെ ഈ പുസ്തകവും വായിച്ചോണ്ടിരിക്കുകയാണ് പഠിക്കണില്ല എന്ന് പറഞ്ഞു മകന്റെ കയ്യിൽ നിന്ന് പറിിച്ചെടുത്തിട്ട് തെരുവിലെറിഞ്ഞതാണ് എറിഞ്ഞത് ഇദ്ദേഹത്തിന്റെ തലയിൽ വന്ന് വീണു വീണു നോക്കിയപ്പോൾ വിവേകാനന്ദ ജ്ഞാനയോഗ പ്രസംഗമാണ് ഇദ്ദേഹം ചോട്ടെന്ന് ചോദിച്ചു അത്രയും ഞാൻ എടുത്തോട്ടെ വിവേകം കൊണ്ടുപോകുന്ന പറഞ്ഞു അത്രയും മുകളിലുള്ള ആള് അതും കൊണ്ടുപോയ ആള് അന്ന് വൈകുന്നേരം ഓഫീസിൽ റെസിഗ്നേഷൻ കൊടുത്തിട്ട് പോയി എന്നാണ് പേടിക്കണ്ടട്ടോ അത് വായിച്ചിട്ട് നിങ്ങൾ റെസിഗ്നേഷൻ കൊടുക്കണം വിചാരിക്കണ്ട ഏ അത് വിവേകാനന്ദന്റെ പ്രസംഗം രമണ മഹർഷിയുടെ ഉപദേശങ്ങൾ റെസിഗ്നേഷൻ കൊടുക്കാനോ സന്യാസമെടുക്കാനോ ഒന്നും നമ്മളെ പ്രേരിപ്പിക്കില്ല അതുകൊണ്ട് ഭയപ്പെടുകയെ വേണ്ട നമ്മൾ എവിടെ ഇരിക്കണോ അവിടെ സത്യത്തിനെ ബോധിപ്പിക്കലാണ് അല്ലാതെ സന്യാസമെടുത്തത് കൊണ്ടോ വിട്ടിട്ട് ഓടിപ്പോയതുകൊണ്ടോ ഒന്നും രക്ഷയില്ല അത് ചിലരുടെയൊക്കെ പ്രാരബ്ധം ചിലർക്ക് അങ്ങനെ നീതി വെച്ചിട്ടുണ്ടാവും പക്ഷെ എല്ലാവർക്കും അങ്ങനെയൊന്നും വേണമെന്നൊന്നുമില്ല ഈ പുസ്തകം സത്യത്തിനെ ഡയറക്റ്റായിട്ട് കാണിച്ചത് അത് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്കുള്ള വഴി അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും പ്രയോജനപ്പെടും അതുകൊണ്ട് അത് വാങ്ങി ഇങ്ങടെ വീട്ടിലെടുത്ത് വയ്ക്കാം എവിടെയെങ്കിലുമൊക്കെ ഉപയോഗപ്പെട്ടേ അതുപോലെ മഹർഷിയുടെ വചനാമൃതമുണ്ട് വേറെ ചില പുസ്തകങ്ങളുണ്ട് വേണമെന്നുള്ളവർക്ക് വാങ്ങിക്കാം നാളത്തെ കഴിഞ്ഞാൽ അടുത്ത ദിവസവും അതിന് അടുത്ത ദിവസവും അതായത് രണ്ടു ദിവസം കൂടെ നമ്മുടെ പ്രഭാഷണം നീട്ടിയിട്ടുണ്ട് നാളെ രാവിലത്തെ സദ്ദർശനം പ്രഭാഷണം രാവിലെ അവിടെ അവസാനിക്കും അപ്പോ ചിത്തശുദ്ധി അതാണ് നമ്മളുടെ വിഷയം ചിത്തശുദ്ധി ഉണ്ടായാൽ ആത്മവിചാരം ചെയ്യാൻ പറ്റും ആ വിഷയം അതാണ് ചിത്തശുദ്ധി ഹൃദയശുദ്ധി തൻ മനഃശോധനം കാര്യം പ്രയത്നേന മുമുക്ഷുണ വിശുദ്ധേ സതി ചേത്തസ്മിൻ മുക്തി കരഫലായതേന ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറയുന്നു മനസ്സിനെ പ്രയത്നിച്ച് ശുദ്ധമാക്ക മനസ് ശുദ്ധമായാൽ മുക്തി കയ്യിലുള്ള പഴം പോലെ കിട്ടും എന്നാണ് ചിത്തശുദ്ധിക്ക് ഇത്തരത്തിലുള്ള ഉപസാധനകളൊക്കെ നിഷ്കാമ്യമായിട്ടുള്ള കർമാനുഷ്ഠാനം ദൈവീസമ്പത്തുകൾ വളർത്തുക സത്സംഗത്തിൽ ഇരിക്കുക അതുകൊണ്ട് ചിത്തം ശുദ്ധമായി ഹൃദയശുദ്ധി ഉണ്ടായാൽ ഞാൻ ആരാണ് എന്റെ സ്വരൂപം എന്താണെന്ന് വിചാരണം ചെയ്യാനുള്ള കരുത്തുണ്ടാവും അതിന് നമ്മളെ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ നാളെ വൈകുന്നേരം വീണ്ടും കാണാം നാളെ രാവിലെ വരുന്നവർക്ക് രാവിലെ